സൂത്ത അമൃതാന മ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മള് ചർച്ച തുടങ്ങിയാണ് ഈശാവാസ്യവംശത്ത് ഈശാവാസ്യവംശത്തിലെ രണ്ട് മന്ത്രങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈശാവാസ്യം ഇതം എന്ന് തുടങ്ങുന്ന മന്ത്രം ഭാഷ്യം അനുസരിച്ച് ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ചത് സന്യാസത്തെ ാണ് നിർദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കുറുവന്നെ വേഹ കർമാണി അത് ഗൃഹസ്ഥാശ്രമത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ രണ്ട് രണ്ട് ആശയങ്ങളെ ഒരിക്കലും പരസ്പരം യോജിപ്പിക്കാൻ വയ്യാത്ത രണ്ടാശയങ്ങളെയാണ് ഇതിൽ വിശദമാക്കുന്നതെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം ഭാഷ്യകാരന്റെ അഭിപ്രായം എന്ന് പ്രത്യേകം പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാഷ്യമനുസരിച്ചുള്ള അർത്ഥമാണ് മന്ത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മന്ത്രങ്ങളിൽ പ്രത്യേകിച്ച് സന്യാസമെന്നോ ഗൃഹസ്ഥാശ്രമമെന്നോ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല പക്ഷെ ഈ ദശോപനിഷത്തുകളുടെയും ഭാഷയത്തിന്റെ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെയൊക്കെ ആശയങ്ങളെ ഭാഷ്യകാരൻ കാണുന്ന രീതിയിലാണ് ഭഗവത്ഗീത പോലും നമ്മളടുത്ത് വായിക്കുമ്പോൾ അത് നമുക്ക് നമുക്ക് തോന്നുന്ന തരത്തിലല്ല അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടാത്ത തരത്തിലുള്ള ആശയങ്ങളാണ് ഭാഷ്യകാരൻ വയ്ക്കാനുള്ളത് അതിനെയും വളരെ കർശനമായ രീതിയിൽ ഗാർഹസ്ഥ്യം സന്യാസം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഭാഷ്യകാരന്റെ വ്യാഖ്യാനത്തിന് പിൽക്കാലത്ത് വന്ന ഗീതാ വ്യാഖ്യാതാക്കളെല്ലാം ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് വളരെ അധികം പേര് പക്ഷേ ഭാഷ്യകാരൻ എല്ലാ വിമർശത്വം എല്ലാ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് രണ്ടിനും ഒരു തരത്തിലും സമുച്ചയിക്കാത്ത ഇവിടെ ചെറിയ ചോദ്യങ്ങളുണ്ട് ജ്ഞാനകർമ്മ സമുച്ചയം അസാധ്യമാണെന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുമ്പോൾ ആ കർമ്മശബ്ദത്തിൽ കർമ്മയോഗവും ഉൾപ്പെടുന്നുണ്ടോ കർമ്മയോഗം എങ്ങനെയാണ് ജ്ഞാനത്തിന് വിരുദ്ധമാകുന്നത് അതായത് നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഗീതാഭാഷ്യത്തിലേക്ക് പോകണം അപ്പോ ആ ഗീതാഭാഷ്യത്തില് ശങ്കരാചാര്യർ പറയുന്നുണ്ട് ഈ കർമ്മയോഗം ആർക്കു വേണ്ടിയിട്ട് കർമ്മയോഗം അജ്ഞന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഞാൻ കർത്താവാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു അത് ഭാഷ്യകാരന്റെ അഭിനരമാണ് ഗീതയിൽ അതെങ്ങനെയുണ്ടോ ഏത് ശ്ലോകത്തിലുണ്ടോ എന്നൊന്നും ചോദിക്കരുത് ഗീതാ ഭാഷ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഗീതാഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നത് കർമ്മം എന്ന് പറയുന്നത് അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ് കർമ്മ അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കർമ്മയോഗവും അജ്ഞാനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ മഹാജ്ഞാനികളെ കുറിച്ച് അദ്ദേഹം വലിയ കർമ്മയോഗിയായിരുന്നു എന്നൊക്കെ പറയുന്നു അത് നമ്മൾ സ്തുതിപരമായിട്ട് പറയുകയാണ് ഒരു യോഗി എന്നുള്ളത് അതാക്കി ഭാഷ്യത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു ജ്ഞാനിയെ നമുക്കൊരിക്കലും കർമ്മയോഗി എന്ന് പറയാൻ പറ്റത്തില്ല കർമ്മയോഗി എന്ന് പറയുന്ന അയാൾ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യാൻ പ്രേരിതനാവുമ്പോൾ അതിനെ ക്രമേണം മാറ്റി ചിത്തശുദ്ധിയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു ആജ്ഞന് വേണ്ടിയിട്ടാണ് കർമ്മയോഗം ആ കർമ്മത്തെ അയാൾ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുന്നു ആ കർമ്മത്തിൽ തന്നെ അയാൾ ധർമാധർമ്മ വിവേചനം ചെയ്യുന്നു അനുഷ്ഠിക്കുന്നു അവിടെ പിന്നെ കർമ്മയോഗം എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്ന് അവിടെ നിർദ്ദേശിക്കുന്നു ആ രീതിയിലെല്ലാം അനുഷ്ഠിക്കുക പക്ഷെ അത് അജ്ഞാനിയായ കർമ്മനിഷ്ഠന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ തുടർന്നു വരുന്ന ഭാഗങ്ങളും അത് വ്യക്തമാക്കും ഇവിടെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ജ്ഞാനനിഷ്ഠ അല്ലെങ്കിൽ കർമ്മനിഷ്ഠ കർമ്മത്തെ ഉപേക്ഷിച്ചവന് ജ്ഞാനനിഷ്ഠ അതാണ് ശങ്കരചാരുടെ നിലപാട് കർമ്മത്തെ ഉപേക്ഷിച്ചവൻ കർമ്മത്തെ ഉപേക്ഷിക്കുക അതുകൊണ്ടൊരാള് പരിപൂർണജ്ഞാനിയായിക്കൊള്ളണമെന്നില്ല പക്ഷെ കർമ്മത്തെ ഉപേക്ഷിച്ച് അയാളുടെ ചെറുവണ മനനങ്ങളും ഇങ്ങനെ അഭ്യസിച്ച് അയാൾ ക്രമേണ പൂർണ്ണ ജ്ഞാനിയായിത്തീരും എന്നാണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ജ്ഞാനനിഷ്ഠ സാധ്യമല്ലെന്നാണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും കർമ്മയോഗമാകാം എന്നാണ് പറയുന്നത് അവൻ കൂടെ ചോദിക്കുന്നത് ജ്ഞാനകർമ്മ സമുച്ചയം അസാധ്യമാണെന്ന് ശ്രീശങ്കരാചാര്യർ പറയുമ്പോൾ ജ്ഞാനകർമ്മ സമുച്ചയം അസാധ്യം എന്ന് പറയുമ്പോൾ നമ്മളതിന് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടനുസരിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നാൽ ഈ സംശയം വരത്തില്ല ഗൃഹസ്ഥാശ്രമവും സന്യാസവും സമുച്ചയിക്കാൻ പറ്റത്തില്ലെന്നാണ് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും കൂടെ ഒരുമിച്ചൊരാകും ഒരു കാലം ഒരു വ്യക്തിക്ക് സാധ്യമില്ല സന്യാസി ആവണമെങ്കിൽ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചേ പറ്റൂ എന്നുള്ളതാണ് ശ്രീ ശങ്കരാചാര്യ പറയുമ്പോൾ ആ കർമ്മശബ്ദത്തിൽ കർമ്മയോഗം ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് കർമ്മം എന്ന് പറയുന്നത് കർമ്മയോഗം ഉൾപ്പെടുന്നുണ്ട് കർമ്മയോഗം എങ്ങനെയാണ് ജ്ഞാനത്തിന് വിരുദ്ധമാകുന്നത് എന്നാണ് ഇതുകൊണ്ടാണ് അജ്ഞനാണ് കർമ്മം അത് ഗൃഹസ്ഥാശ്രമിക്കാണ് ഗൃഹസ്ഥാശ്രമത്തിൽ വെച്ചാണ് കർമ്മം ചെയ്യേണ്ടത് ആ കർമ്മത്തിൽ മുക്തനാവാൻ വേണ്ടി അവിടെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിച്ച് കർമ്മത്തെ തേക്കുന്നു തേച്ചിട്ട് പിന്നീട് സന്യാസധർമ്മത്തിലേക്ക് വരുന്നു അപ്പം അവിടെ നമുക്ക് സംശയം വരുന്നത് നമ്മൾ ഇന്ന് കാണുന്ന സന്യാസിമാര് ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ അതിൽ നിന്നാണ് ഈ സംശയം ഉണ്ടാകുന്നത് ഭാഷ്യം പഠിച്ചിട്ട് ഉണ്ടായ സംശയമല്ല നമ്മൾ സന്യാസിമാര് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ആശ്രമങ്ങൾ ഉണ്ടാക്കുന്നു ആശ്രമമധിപതിയായിരിക്കുന്നു പുസ്തകങ്ങൾ എഴുതുന്നു പ്രചാരണം നടത്തുന്നു സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നു അപ്പം ഇത്തരം കർമ്മങ്ങൾ അത് ഈ അത് വിഭാഗത്തിൽപ്പെടുത്തുന്നുള്ളതാണ് അത് കർമ്മ അജ്ഞന്റെ കർമ്മയോഗമാണോ അങ്ങനെയെന്നുള്ളതാണ് അപ്പം നമ്മളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തുടങ്ങിയപ്പോഴേ പറഞ്ഞു ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം സന്യാസിക്ക് ഇങ്ങനെ ഒരു കർമ്മം ഇല്ല ഞാൻ ആദ്യം പറഞ്ഞു അവിടെ ശങ്കരഭാഷ്യത്തിന്റെ ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടിന്റെ വെളിച്ചെടുത്ത് ചോദിക്കുകയാണെങ്കിൽ സന്യാസിയെ സംബന്ധിച്ച് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ കർമ്മമായിട്ട് വേറൊന്നുമില്ല അതുകൊണ്ട് അതിനെ ശങ്കരാചാര്യരുടെ ഭാഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊരു സന്യാസം ശങ്കരാചാര്യർ കാണുന്നേ ഇല്ല ഇന്നും യാഥാർത്ഥികരായ സന്യാസങ്ങൾ ശങ്കരപരമ്പരയിലും മറ്റുള്ളവർ ആ കർമ്മത്തിന് തന്നെയാണ് അത്തരത്തിലുള്ള സന്യാസത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് സന്യാസിക്ക് സാമൂഹ്യ സേവനമൊന്നും പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള പ്രവർത്തനം പാടില്ല എന്നാണ് യാഥാസ്ഥികമായ സന്യാസത്തിന്റെ സന്യാസിമാരുടെ നിലപാട് പിന്നെ ഈ മാറ്റം വന്നത് അത് പിൽക്കാലത്ത് ആധുനിക കാലത്ത് വന്ന സന്യാസിമാര് പറഞ്ഞല്ലോ വിവകാനന്ദ സ്വാമി പോലെയുള്ളവരൊക്കെ അങ്ങനെയല്ല ആത്മനോമോക്ഷാർത്ഥം ജഗത്ഹിതായ ആത്മമോക്ഷത്തിനും ജഗതിഹിതത്തിനും വേണ്ടിയാണ് സന്യാസി ജീവിക്കേണ്ടത് സന്യാസിക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാകാം എന്ന് സമർത്ഥിക്കുന്നുണ്ട് അത് കാലം കൊണ്ട് ഈ സന്യാസത്തിന് വന്ന ഒരു പരിണാമം മാറ്റം എന്നുള്ളതാണ് അതിനീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുണ്ട് അപ്പോൾ അതും ശങ്കരാചാര്യരുടെ സന്യാസ ആദർശം കൊണ്ട് നമ്മൾ കൂട്ടിക്കുളയ്ക്കുന്നു ശങ്കരാചാര്യ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് മാത്രം ഭക്ഷാടനം മാത്രമേ ഉള്ളൂ കർമ്മനേവ സംസിദ്ധിയും മസ്ജിദ ജനകാതി എന്ന ശ്ലോകത്തിന്റെ ഭാഷ ജനകാതിയിൽ ആത്മജ്ഞാനം നേടിയിട്ടും പ്രാരബ്ധ കാരണത്താൽ കർമ്മത്തെ തിരിക്കാതിരുന്നതാകാം എന്ന് ശങ്കരാചാര്യ പറയുന്നു അങ്ങനെയാണ് ശങ്കരാചാര്യ പറയുന്നത് എന്നുവെച്ചാൽ അങ്ങോട്ട് തറപ്പിച്ച് അവിടെ പറയുന്നില്ല ഇനി ശങ്കരാചാര്യർ ആത്മജ്ഞാനിയാണെങ്കിൽ എന്നാ എന്താ പറയുന്നു ജനകൻ ആത്മജ്ഞാനി ആണെങ്കിൽ എന്നാ പറയുന്നു ആണു എന്ന് തറപ്പിച്ച് പറയുന്നില്ല ശങ്കരാചാര്യ ഭാഷയം നോക്കുക ജനകനെ ആത്മജ്ഞാനിയായി കണക്കാക്കാമെങ്കിൽ ജ്ഞാനിയുടെ കർമ്മത്തെ അവള് ഭാഷകാരം പറയുന്നുണ്ട് ജ്ഞാനിയുടെ കർമ്മത്തെ നമുക്ക് കർമ്മമായി ഗണിക്കാൻ പറ്റില്ല ജ്ഞാനാഗ്നിയൊണ്ട് സർവവും തേച്ചുപോയി അജ്ഞാനം നശിച്ചു പിന്നെ ശേഷിക്കുന്ന പ്രാരബ്ധ്രേഷ്ഠ അതിനെ നമുക്ക് കർമ്മമായിട്ടോ കർമ്മയോഗമായിട്ടോ കാരണം അവിടെ കർത്തൃത്വം ഭോക്തൃത്വം ബുദ്ധികളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നീട് ചെയ്യുന്ന അതുകൊണ്ടാണല്ലോ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശാസ്ത്രം ചർച്ച ചെയ്യുന്നിടത്ത് ഒരിടത്തും തന്നെ അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ പ്രവൃത്തികളെ നിരൂപണം ചെയ്യാൻ സാധ്യമല്ല എന്നർത്ഥം ജ്ഞാനികളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി ഏത് വിഭാഗത്തിൽപ്പെടുന്നു കർമ്മമാണോ കർമ്മയോഗമാണോ ജ്ഞാനമാണോ ഇത്തരം നിരൂപണത്തിനത് വിഷയമെന്താ എന്നർത്ഥം കാരണം അത് ധർമാധർമ്മങ്ങൾക്കും ഈ പറയുന്ന അവരെന്താണ് അത് സന്യാസമില്ല അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിവർണാശ്രമീന്ന് പറയുകയും നേരത്തെ പറഞ്ഞുള്ള ശങ്കരാചാര്യര് നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ശങ്കരാചാര്യരുടെ തത്വം അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ അതിന്റെ പ്രായോഗികമായ അനുഷ്ഠാനം എന്ന് പറയുന്നത് വർണ്ണത്തിനും ആശ്രമത്തിനും വർണ്ണവ്യവസ്ഥയിലും ആശ്രമ വ്യവസ്ഥയിലൂടെയാണ് നടപ്പിലാക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു വർണ്ണ ഈ രണ്ട് ഈ അദ്വൈത ഇതിനെ നടപ്പിലാക്കാനാണ് ശങ്കരാചാര്യർ ആ വ്യവസ്ഥിതിയാണ് ഇതിന് പറ്റിയതെന്നാണ് ശങ്കരാചാര്യരുടെ വിശ്വാസം അതേസമയം നമ്മൾ ഈ പറയുന്നത് അതിവർണാശ്രമികളുടെ കാര്യമാണ് വർണ്ണ ആശ്രമ മര്യാദകളെയൊക്കെ അതിക്രമിച്ചവർ അപ്പം അവരെക്കുറിച്ച് ശങ്കരാചാര്യർക്കും പ്രത്യേകിച്ചൊന്നും നിർദ്ദേശിക്കാൻ നോക്കത്തല്ലോ അത്യാശ്രമികളെന്ന് പറയും അപ്പോൾ അവരെ നമുക്ക് സന്യാസി എന്ന് പറയുന്ന നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സന്യാസി എന്ന് പറയുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും ഒക്കത്തിട്ട് സന്യാസം എന്ന് പറയുന്നത് എന്താണ് ആശ്രമധർമ്മത്തിന്റെ ഒരു ഭാഗമാണ് ഗാരഹസ്ത്യം കഴിഞ്ഞ് പിന്നെ സന്യാസം അല്ലെങ്കിൽ ബ്രഹ്മചര്യം കഴിഞ്ഞ് സന്യാസം ഈ സന്യാസം എന്ന് പറയുന്നത് ആശ്രമത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അത്യാശ്രമികളെക്കുറിച്ചാണ് അത്യാശ്രമികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതായത് ഈ ആശ്രമ ധർമ്മങ്ങളെ നിയമങ്ങളെല്ലാം അതിക്രമിച്ചവർ മഹാത്മാക്കളല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിധിയില്ല നിഷേധങ്ങളില്ല ഒരു സന്യാസിയെ സംബന്ധിച്ച് അങ്ങനെയല്ല വിധി നിഷേധങ്ങളുണ്ട് എന്തുകൊണ്ട് അയാൾ ഒരു വിധിയനുസരിച്ച് കർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു ഒരു വിധിയനുഷ്ഠിച്ച് ആ വിധിയനുസരിച്ച് തന്നെ കർമ്മത്തെ തിരിച്ചവനാണ് ആ കർമ്മത്തെ തിരിക്കുന്നതിനും വിധിയുണ്ട് അപ്പോൾ അത് തിരിച്ചിട്ട് വീണ്ടും ഒരു വിധിയനുസരിച്ച് നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവനാണ് ആ സമയത്ത് മുക്തൻ പുരുഷനെന്ന് പറയുമ്പം എന്തെങ്കിലും മറ്റ് ശാസ്ത്രത്തിൻ്റെയോ മറ്റെന്റെങ്കിലും വിധിയേക്ക് വിധേയനായി ജീവിക്കുന്ന ആളല്ലോ സമൂഹത്തിൻ്റെയോ ആരുടെയും വിധിക്ക് വിധേയനായി ജീവിക്കുന്ന ആൾ ഒരുപക്ഷെ അയാൾ എന്തെങ്കിലും വിധിയോ നിഷേധങ്ങളെയോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ പ്രാരബം സ്വേച്ഛ അത് മാത്രം അതിന് മറ്റൊരാൾക്ക് കൈകെടുത്താനുള്ള അവകാശങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള അത്യാശ്രമങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് സന്യാസുമല്ല ഗാർഹസ്ഥയുമല്ല അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അന്നന്ന് കണ്ടതിന് വാഴ്ത്തുന്നു മാമനികൾ എന്ന് പറഞ്ഞതുപോലെയുള്ളൂ അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവിടെ ഈ നമ്മൾ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയമോ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊന്നും കൂടെ ചിന്തിക്കാൻ ഒക്കത്തില്ല അതൊന്നുമ്പോ ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടിപ്പം ജനകനെ ഒരു അത്യാശ്രമ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ജനകനെ ഒരു അത്യാശ്രമിയായിട്ടാണ് എടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ മറ്റ് ചർച്ചയ്ക്കൊന്നും വിഷയമല്ല അപ്പോൾ ജനകന്റെ ജീവിതത്തിൽ സന്യാസം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കാണാതെ തന്നെ അദ്ദേഹം അത്യാശ്രമിയായിരിക്കുന്നു എന്ന് പറയാം അപ്പൊ ജനകനെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായിരുന്നു എന്നാണ് പക്ഷെ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ജ്ഞാനം നേടിയിട്ട് അദ്ദേഹം നമ്മൾ കാണുന്ന ഗ്രഹസ്ഥനെന്ന് പറയുന്നത് ഗ്രഹസ്ഥാശ്രമിയല്ല ജനകൻ അത്യാശ്രമിയാണ് വെച്ചാൽ ആ ഗൃഹസ്ഥധർമ്മവും സന്യാസധർമ്മവും നമ്മളീ പറയുന്ന നമ്മൾ പറയുന്നതാണ് ഗൃഹസ്ഥ ധർമ്മം സന്യാസധർമ്മം ഇത് വിധി നിഷേധങ്ങളെയൊക്കെ അനുസരിച്ചു പോകുന്ന ഒരു ജീവിത ജനകൻ നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന അങ്ങനെ ഒരു ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാളായിട്ടല്ല മറിച്ച് അത്യാശ്രമിയായിട്ടാണ് പരിപൂർണ ജ്ഞാനിയായിട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു പരിവുകൾ ഞാനിയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് ശങ്കരായർ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ എന്ന് അവിടെ പിന്നെ ജ്ഞാനകർമ്മ സമുച്ചയം കൊണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അത്യാശ്രമിയെ സംബന്ധിച്ചിടത്തോളം അത് വരുന്നില്ല അപ്പൊ നമ്മൾ സാധാരണ പറയും ഗ്രഹസ്ഥനാണ് ജനകൻ ഗൃഹസ്ഥനാണെന്ന് വെച്ചാൽ അതിന് ഇത്രേ അർത്ഥമുള്ളൂ ആ ഗ്രഹസ്ഥാശ്രമ ധർമ്മത്തിൽ അത് ഉപേക്ഷിക്കാതെ തന്നെ അദ്ദേഹം അതിലിരുന്നുകൊണ്ട് തന്നെ ഞാനി വയ്ക്കുന്നു അത് അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു അത് അപൂർവം പേരിൽ സംഭവിക്കുന്ന പൂർവ്വജന്മസൂഹൃതം കൊണ്ട് പൂർവ പുണ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു അതൊക്കെ ഓരോ മഹാത്മാക്കളും അവരുടെ ജീവിത രീതി നോക്കിയാൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അവരുടെ ഇപ്പോൾ രാമകൃഷ്ണദേവൻ്റെ ജീവിതം നോക്കി അത് വേറെ രീതിയാണ് രമണ ജീവിതം നോക്കിയാൽ അത് വേറെ രീതിയാണ് അതുപോലെ നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഓരോരുത്തരുടെയും ജീവിതം നോക്കുമ്പോൾ അത് ഓരോ രീതിയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവിടെ ചർച്ച ചെയ്യുന്ന സന്യാസിയുടെയോ അല്ലെങ്കിൽ ഗ്രഹസ്ഥന്റെ പട്ടികപ്പെടുത്തി ചിന്തിച്ച ശരിക്കാവില്ല അവരെല്ലാം നമ്മൾ അത്യാശ്രമികളായിട്ട് ചെയ്തു അപ്പൊ അവര് വന്ന് അവർ കടന്നു വന്ന പാതകളും നമുക്കതുപോലെ അനുകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അവര് അത്രയും പുണ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ പുണ്യം ഇല്ലാത്തൊരുവിനെങ്ങനെ ആ പാതയെ അനുകരിക്കാൻ പറ്റും അതും പറ്റത്തില്ല നമ്മളിപ്പോ രമണ മഹർഷിയോ രാമകൃഷ്ണദേവനോ ആയിക്കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ് കാരണം ഇതുവരായില്ല എന്നുള്ളത് തന്നെ എന്റെ തെളിവ് കാരണം എന്തുകൊണ്ട് ആ പുണ്യം നമ്മൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ നമ്മൾ അതൊക്കെ ആയേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയേ അപ്പോ അതല്ല അപ്പോ അത് ഇവിടെ ഒരു ശാസ്ത്ര ചർച്ചയ്ക്ക് വിഷയമേൽ അവിടെ ഇതൊന്നും വരുന്നില്ല ജ്ഞാനകർമ്മ ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് ശങ്കരാ അങ്ങനെ പറഞ്ഞു അത് പോയ ആ വിഷയം അങ്ങനെ പറഞ്ഞു പോയത് അതുകൊണ്ട് നമ്മളൊരിക്കലും ജനഗണ ഒരു ഗൃഹസ്ഥനായി കാണരുത് രമണമഹർഷി ഒരു സന്യാസിയായി കാണരുത് മറിച്ച് അവരിതിനെല്ലാം അതിക്രമിച്ച ഒരു അത്യാശ്രമികൾ ആയിട്ട് നമുക്ക് അവരെല്ലാം കാണാൻ പറ്റും അവരെ ഈ പ്രത്യേകിച്ച് ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തരുത് എന്നോട് പറയുന്നത് അപ്പം ഞാൻ നേരിടും പ്രാരബ്ധ കാരണത്താൽ കർമ്മത്തെ തിരിക്കാതിരുന്നതാകാം എന്ന ശങ്കരചാര്യ പറയുന്നു അങ്ങനെ പറയുന്നുണ്ട് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചരി ആശ്രമത്തിലോ ഗൃഹസ്ഥാശ്രമത്തിലോ വെച്ചായിരിക്കുമല്ലോ അപരോഷം ഞാനും നേടിയത് അതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജനകന്റെ എല്ലാം ജീവിതത്തിൽ ആജന്മസിദ്ധന്മാരായിരിക്കാം നമുക്കറിയത്തില്ലോ ജന്മനാ തന്നെ ഞാനികളായി ജനിക്കുന്നവരുണ്ട് പ്രാരബ്ധേഷം കൊണ്ട് അപ്പൊ ഇന്ന ആശ്രമത്തിൽ വച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം നേടിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവര് നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് അവരെല്ലാം മുക്ത പുരുഷന്മാരായിരുന്നു അത്യാശ്രമികളായിരുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ഈ തരത്തിലുള്ള ആശ്രമത്തിന്റെ നിലയിൽ ചിന്തിക്കുന്നത് ശരിയല്ല ഈ ശാസ്ത്രം എപ്പോഴും നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ ശാസ്ത്രം ഉപദേശിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളെപ്പോലെയുള്ളവർക്കാണ് നമുക്ക് ആശ്രമങ്ങളൊക്കെയുണ്ട് ബ്രഹ്മചര്യമോ ഗാർഹസ്യമോ സന്യാസമോ ഒക്കെയുണ്ട് അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം അല്ലാതെ അത്യാശ്രമക്ക് വേണ്ടിയിട്ട് ഒരു ഇല്ല ബ്രഹ്മചര്യ ആശ്രമത്തിലോ ഗൃഹസ്ഥാശ്രമത്തിലോ വെച്ചായിരിക്കുമല്ലോ അപരിവക്ഷം ഞാനും നേടിയത് അതിനാൽ കർമ്മത്തെ തിരിക്കാതെ തന്നെ മുമ്മുക്ഷുവൻ അപരിവക്ഷം നേടാൻ അപരോക്ഷം ജ്ഞാനം നേടാൻ കഴിയുമെന്ന് വരുമല്ലോ ഇതാണ് ചോദിക്കുന്നത് ജനകൻ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഒരു സാധാരണ ഒരാളിന് അത് പിന്നെ അങ്ങനെ ആയിക്കൂടെയെന്നാണ് അപ്പോൾ പറഞ്ഞല്ലോ ജനകനെ സംബന്ധിച്ചിടത്തോളം മുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശാസ്ത്രം ഒരിക്കലും അവർക്ക് പ്രമാണമല്ല അവര് പറയുന്നതന്നെ ശാസ്ത്രം ശാസ്ത്രം പറയുന്നതിനനുസരിച്ചല്ല അവര് അവരെന്ത് പറയുന്നു അത് ശാസ്ത്രം അങ്ങനെയായിരുന്നു മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അവർ പറയുന്നതല്ലേ ഈ ശാസ്ത്രങ്ങളെല്ലാം അങ്ങനെയല്ലേ വന്നിരിക്കുന്നു മഹാത്മാക്കൾ പറഞ്ഞതിനാണ് നമ്മൾ ശാസ്ത്രമായിട്ട് എടുത്തിരിക്കുന്നത് അല്ല നമ്മൾ മറ്റ് ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിനനുസരിച്ച് അവർ ജീവിച്ചോണമെന്നും അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചോണ്ടോന്നൊന്നും ആർക്കും നിഷ്കർഷിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ പൂർവാചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രാചാരങ്ങളിൽ നിന്ന് വിരുദ്ധമായി എന്തെങ്കിലും അവർ പ്രവർത്തിച്ചാലും അതാ അവർ പ്രവർത്തിച്ച് അംഗീകരിച്ചേ പറ്റും പ്രഭു സ്വാതന്ത്ര്യമാപന്ന ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എഴുതിഛതി പരോധിതത് സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിലും പ്രഭു അങ്ങനെയുള്ള മഹാത്മാക്കൾ സ്വാതന്ത്ര്യമാപന്ന എന്ന് വെച്ചാൽ പൂർണമായ സ്വാതന്ത്ര്യത്തെ സ്വയം കയ്യിലെടുത്തുകൊണ്ട് ഏതീക്ഷതി പരോധിതത് എന്താഗ്രഹിക്കുന്നു അത് ചെയ്തു മറ്റുള്ളവർക്ക് അതൊന്നും ചോദ്യം ചെയ്യാനൊക്കത്തില്ല എന്നൊണ്ട് അതിന് നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാനൊക്കത്തില്ല പിന്നെ ഇവിടെ ചോദിക്കുന്ന കാര്യം ജനകൻ ദുരഹസ്ഥാശ്രമത്തിരുന്നു കൊണ്ട് സന്യാസത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ മോക്ഷം നേടി അപ്പ അതുകൊണ്ടായിക്കൂടെ എന്നാണ് ചോദ്യം ചോദിച്ചാൽ നേരത്തെ തന്നെ ഈ ജനകന്റെ കഥ കേട്ടിരുന്നില്ല എന്നുള്ളതിന് തെളിവാണ് കേട്ടിരുന്നെങ്കിൽ ഈ അബദ്ധം കാണിക്കത്തില്ലായിരുന്നു ഇനിയിപ്പോ എന്തായാലും തിരിച്ചു പോകാനും പറ്റത്തില്ല പിന്നെ ഇനി ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ജനഗന പോലെ തന്നെ മോഷം നേടാൻ ഒന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഗൃഹസാശ്രം തീരുന്നുകൊണ്ട് നമ്മളെന്തായാലും തടയാനൊന്നും പോകണ്ട ഒരാൾ മോഷം നേടിപ്പോകുന്നുകോട്ടെ നമുക്കത് എന്താ നമുക്ക് ഇഷ്ട കേടുള്ള കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ആരെങ്കിലും പറയുന്നത് ഞാനിതാ ഗൃഹസാശനം തരുന്നുകൊണ്ട് തന്നെ മോഷം നേടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയിക്കോട്ടെ മോക്ഷം നേടുന്നെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യം ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അത് ഞാൻ പറയുന്നത് ഗ്രഹസ്ഥന് മോക്ഷം നേടുന്നൊക്കെ സന്യസിച്ചേ പറ്റുമെന്നാണ് ഇതാണ് ശങ്കരാചാര്യർ പറയുന്നതിൻ്റെ താല്പര്യം ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ആജന്മസിദ്ധന്മാരെ സംബന്ധിച്ചല്ല പറഞ്ഞിരിക്കുന്നത് ജന്മനാൾ തന്നെ അങ്ങനെ ജനിക്കുന്നവർ ജന്മനാൾ തന്നെ മോക്ഷത്തിന് വേണ്ടി അങ്ങനെ ജനിക്കുന്ന ആൾക്കാരുണ്ട് അറിവിന് മോക്ഷത്തിന് പ്രതിബന്ധമായിരിക്കുന്ന കർമ്മങ്ങൾ പ്രാരംഭങ്ങളൊക്കെ കുറവായിരിക്കും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരാളായിരിക്കും സർവ്വസാധാരണമായി മുമ്പുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മാർഗത്തെ ശങ്കരാചാര്യർ നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ നിർദ്ദേശിക്കുന്ന ആചാര്യന്മാരുണ്ടായിരിക്കും ആയിക്കോട്ടെ കബീർദാസ് നിസർഗത്ത മഹാരാജ് പാക്കനാർ തുടങ്ങിയവരും ഗൃഹസ്ഥാശ്രമിയായിരിക്കെ പൂർണ്ണത നേടിയവരാണല്ലോ ഈ പറയുന്നവർ ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം ആത്മജ്ഞാനികളാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചും ജനകനെപ്പോലെ തന്നെ അവരുമെല്ലാം അതിനായി ജനിച്ചവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല അവർ അത്യാശ്രമികളാണ് അവരേതെങ്കിലും പ്രത്യേകിച്ച് ഒരു ആശ്രമത്തിൽ ഇരുന്നും കൊണ്ട് മോക്ഷം നേടിയതരില്ല അവർ പ്രത്യേകിച്ച് ഒരു ആശ്രമത്തെ അവലംബിച്ചില്ല ഇത് കോടാനുകൂടികളിൽ അപൂർവമായി വരുന്ന ജന്മങ്ങളാണ് നമ്മളും ഇത് ഇതുപോലുള്ള ഒരു കബീർദാസോ പാക്കനാരോ ആണെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനൊരു സംശയവും വരുന്നില്ല ഇത് ഒരു ചർച്ചയോ വരുന്നില്ല അങ്ങനെ അല്ലാത്ത ഉള്ള ആൾക്കാരാണെങ്കിൽ ആചാര്യസ്വാമികൾ പറഞ്ഞതാണ് ഒരു പ്രായോഗികമായ ഒരു വഴി നമ്മൾ ഇതും സ്വീകരിക്കാം വർണ്ണ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവർ ആശ്രമ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവർ വർണാശ്രമികളെന്ന് പറയും ഇതല്ലാതെ ഇനി വേറൊരു വിഭാഗം ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ ധരിച്ചു കൊടുക്കുക അത് അത്യാശ്രമികൾ അതിവർണ്ണാശ്രമികളെന്ന് പറയും അതിവർണാശ്രമികൾ വർണ്ണാശ്രമ നിയമങ്ങളെയൊക്കെ അതിക്രമിച്ചവർ ഈ പറയുന്നവരെ നമ്മൾ ഗൃഹസ്ഥന്മാരുടെ പട്ടികയിലും സന്യാസിമാരുടെ പട്ടികയിലും പെടുത്തേണ്ട ഇവരെല്ലാം പൂർണ്ണ ജ്ഞാനികളായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മമോക്ഷം എന്ന് പറയുന്നത് അപ്പൊ ഈ ജന്മത്തിൽ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല ജന്തുനാം നരജന്മകോടി എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ അപ്പോ ശാസ്ത്രമെന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ജിജ്ഞാസുവിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയാണ് അയാളുടെ ഏതെങ്കിലും ജന്മജന്മാന്തരങ്ങളിൽ ഇനി അയാളെ എവിടെയിരുന്നു ഗ്രഹസ്ഥാശ്രമിയായോ സന്യാസിയായോ എങ്ങനെയാണ് മോക്ഷം സംഭവിക്കുന്നതെന്നൊന്നും അറിയാമൊക്കെ ഇപ്പോ ഈ വർത്തമാന ജന്മത്തിൽ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾക്കിതിന് ജിജ്ഞാസയുണ്ട് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചോളാനാണ് പറയുന്നത് അങ്ങനെ ഇത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ജനകന് വേണ്ടിയോ കബീർദാസിനു വേണ്ടിയോ ഒന്നും പറഞ്ഞാലല്ല എന്ന് മനസ്സിലാക്കി ആ സംശയങ്ങളെല്ലാം തീരും തീർന്നിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം കൂടാതെ ഗീത അഞ്ചാം അധ്യായത്തിൽ നാലും അഞ്ചും ശ്ലോകങ്ങൾ സംഖ്യയോഗു പൃഥക് ബാല പ്രവത പണ്ഡിതാഹ ഏകമോസ്തമ്യ ഉഭയോർ വിന്ദദേ ഈ അധ്യായങ്ങളിൽ ഈ രണ്ട് ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം ഇതിന്റെ ഭാഷത്തിൽ നിന്ന് തന്നെ വ്യക്തമാ അതായത് ഈ പറയുന്ന ശങ്കര ദർശനമനുസരിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ അവിടെ ഭാഷകാരൻ വിശ്വീകരിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗീതയിലെ പല ശ്ലോകങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ പ്രയാസം വരും ഗൃഹസ്ഥാശ്രമി സന്യാസി എന്ന് പറയുന്ന ഈ രണ്ട് കർശനമായി തിരിച്ചു നിർത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധാരണഗതി പ്രയാസം വരുമ്പോൾ ഭാഷ്യക്കാരനും ഒരു പ്രയാസമില്ലാതൊക്കെ നിർവ്വഹിച്ചിരിക്കുകയാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ ശ്ലോകങ്ങളിലൂടെ സാങ്കയോഗമോ കർമ്മയോഗമോ രണ്ടിനും ഏതെങ്കിലും ഒന്നും സമയക്കാകം പണം അനുഷ്ഠിച്ചാൽ രണ്ടിന്റെയും ഫലം സിദ്ധിക്കുമെന്നും ഒന്ന് തന്നെയാണെന്നും കാണുന്നുവൻ പരമാർത്ഥം കാണുന്നുവെന്നും പറയുന്നുവല്ലോ നമുക്ക് സാധാരണ ഈ ശ്ലോകം വായിക്കുമ്പോൾ തോന്നുന്ന അർത്ഥം ഇതാണ് പക്ഷെ ഭാഷ്യകാരൻ ഇതിനെ അങ്ങനെ അല്ല വ്യാഖ്യാനിക്കുന്നു ഭാഷ്യകാരൻ പറയുന്നത് ഗീതയുടെ പതിനെട്ട് അധ്യായത്തിന്റെയും വെളിച്ചത്തിൽ നോക്കുമ്പോൾ തസ്യ കാര്യം ന വിദ്യതെ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് സന്യാസിക്ക് ഒരു കർമ്മവും ഇല്ല എന്നാണ് അപ്പൊ സന്യാസിക്ക് കർമ്മവും കർമ്മയോഗവും ഇല്ല സന്യാസി അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു പ്രധാനമായി പറയുന്നതാണ് തസ്യ കാര്യ നവിദ്യ ആ മന്ത്രത്തെയാണ് ആവർത്തിച്ച് പറയുന്നത് നൈവ കുർവന്ന കാരയൻ ആത്മാവൊന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ഇരിക്കുന്നു നവദ്വാര് നൈവുറവന്ന കാരയൻ ഇങ്ങനെയൊക്കെയുള്ള ഈ ശ്രോമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ശങ്കരാചാര്യ പറയുന്നത് ആ സന്യാസിക്ക് യാതൊരു തരത്തിലുള്ള ഒരു കർത്തവ്യവുമില്ല പിന്നെ ഇവിടെ എന്താണ് ഏകം സംഖ്യം ച യോഗം ചശ്യതി സപശ്യതി സാഖ്യവും യോഗവും ഒന്നാണ് സാഖ്യം എന്ന് പറയുന്നതിന് ശങ്കരാചാര്യർ പറയുന്ന എന്താണ് സാഖ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം അവിടെ സ്പഷ്ടമായി പറയുന്നത് എങ്ങനെയുള്ള ജ്ഞാനം സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ എന്നാ പറയുന്നത് വെറും ജ്ഞാനനിഷ്ഠ എന്നുള്ളതല്ല സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ എന്നാണ് അപ്പൊ അങ്ങനെയാ ഞാനിഷ്ഠ അതിനാണ് സാഖ്യം എന്ന് പറയുന്നു മറ്റത് കർമ്മം കർമ്മത്തിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു കർമ്മയോഗം എന്ന് പറയുന്നു ഏകം സാഖ്യം ച യോഗം ച അതിനെ വ്യാഖ്യാനി മുമ്പ് പറയാം അത് സാഖ്യവും യോഗവും ഒന്നാണെന്ന് എന്തുകൊണ്ട് പറയുന്നു അത് ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് പറയുകയാണ് സാഖ്യവും യോഗവും ഒരുവനെ ഒരേ ലക്ഷ്യത്തിൽ തന്നെ എത്തിക്കുന്നു അതുകൊണ്ട് സാഖ്യവും യോഗവും ഒന്നാണെന്ന് പറയുന്നത് ഇതിനെ രണ്ടായി കാണാൻ കാരണം യോഗം സാഖ്യത്തിലെത്തിക്കുന്നു ആ സാഖ്യം അവനെ മോക്ഷത്തിലെത്തിക്കുന്നു അപ്പൊ ഇത് രണ്ടിനെയും ഒന്നായിട്ട് തന്നെ കാണണമെന്നാണ് രണ്ടിനും ഉള്ള സ്ഥാനത്തെ ശങ്കരാചാര്യർ ഒരു ജീവനിൽ രണ്ടിനും വരുന്ന സ്ഥാനത്തെ ഒട്ടും കുറച്ച് കാണുന്നില്ല സാഖ്യ യോഗം ആവശ്യം യോഗമെന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന കർമ്മയോഗമാണ് ശ്രദ്ധിക്കണം ഏകം സാഖ്യം ജ യോഗം ജ എന്നിടത്ത് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് യോഗം എന്നുവച്ച കർമാനുഷ്ഠാനം എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു അപ്പം ആ കർമ്മയോഗവും ഒരു ജീവനിൽ അതിനും ഒരു നിലനിൽപ്പുണ്ട് സാഖ്യത്തിനും അതായത് ജ്ഞാന നിഷ്ഠയ്ക്ക് ഒരു സ്ഥാനമുണ്ട് ഒരു ജീവനിൽ തന്നെ ഏതെങ്കിലും ജീവിത ജന്മങ്ങളിൽ അതൊക്കെ സംഭവിച്ചിരിക്കും നമ്മളീ പറയുന്ന മഹാത്മാക്കളിലെല്ലാം ഇതെല്ലാം ഏതോ ജന്മങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ശങ്കര ദർശനമനുസരിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഏതോ ജന്മത്തിൽ സംഭവിച്ചു ആ ജന്മങ്ങളിൽ പറയുന്ന തരത്തിലുള്ള നിഷ്കാമകർമാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞു ആ ജന്മം പല ജന്മങ്ങളിലൂടെ അതൊക്കെ അനുഷ്ഠിച്ച് പൂർണമായ അന്തക്കണ്ണശുദ്ധി നേടി ഈ ജന്മത്തിൽ വന്നിട്ട് പിന്നീട് അവർ ജനനാൽ തന്നെ പിന്നെ അവരുടെ ജീവിതത്തിൽ തപസ്സും മറ്റുമൊക്കെ കാണുന്നത് ചില പ്രാരബങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജന്മശേഷം അനുഭവിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ പ്രത്യേകിച്ച് ജ്ഞാനം നേടുന്നതിന് ഉപായമായിട്ട് അല്ല അതെല്ലാം പിന്നെ അപ്പോൾ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമിയാണോ ബ്രഹ്മചാരിയാണോ സന്യാസിയാണോന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് അത്യാശ്രമികൾ എന്നെ കണക്കാക്കാൻ പറ്റും അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇതല്ല ഗീതയുടെ ശങ്കരഭാഷ്യമെടുത്ത് നോക്കുക എന്നാണ് സാഖ്യയോഗവും പൃഥക് ബാല പർവ്വതം ദിന പണ്ഡിത സാഖ്യവും യോഗവും വേറെ വേറെയാണെന്ന് പറയുന്നു അറിയില്ലാത്തവർ പറയുകയാണ് പക്ഷെ അറിവുള്ളവർ അങ്ങനെ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ ഭാഗം പോലും ശങ്കരാചാര്യർ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതായത് ഒരു വ്യക്തിയിൽ ഒരേ സമയം ഇത് രണ്ടും ഒരേ വ്യക്തിയിൽ തന്നെ രണ്ടു അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇത് രണ്ടും ആവശ്യമാണ് കർമ്മയോഗവും ആവശ്യമാണ് ഞാനും ആവശ്യമാണ് അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ് ഇത് രണ്ടും ഒരേ ഫലത്തിൽ തന്നെയാണ് ആത്യന്തികമായി കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിനെ വേറെയായിട്ട് കാണരുത് പരസ്പര പൂരകങ്ങളാണ് കർമ്മവും ഞാനും പരസ്പര പൂരകങ്ങളാണ് കർമ്മമില്ലാതെ ഒരുവിന് ഞാനും ഉണ്ടാകത്തില്ല കർമ്മം കൂടിയേ തീരൂ കർമ്മയോഗ അനുഷ്ഠാനം അവന്റെ തന്നെ ഇരിക്കണം ഈ അർത്ഥത്തിലൊക്കെയാണ് ശങ്കരാചാര്യ പറയുന്നത് ശങ്കരാചാര്യരുടെ സന്യാസത്തെ സന്യാസാശ്രമത്തിൽ പിന്നെ കർമ്മമില്ല അതാണ് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്ന സന്യാസാശ്രമത്തിൽ കർമ്മ ശങ്കരാചാര്യരുടെ സന്യാസാശ്രമത്തിൽ കർമ്മമില്ല എന്നർത്ഥം അതുകൊണ്ട് സന്യാസം പറയുന്നത് തന്നെ എന്താണ് നമ്മളീ ധരിക്കുന്ന തരത്തിലുള്ള ശങ്കരാചാര്യ സന്യാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യ സന്യാസം നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും പ്രസക്തമാകുന്നേ ഇല്ല എന്തുകൊണ്ട് ശങ്കരാചാര്യ പറയുന്നത് വേദവിധിയനുസരിച്ച് നമ്മൾ നേരത്തെ പഠിച്ചുള്ളൂ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വിധിയനുസരിച്ച് അവനെ ധരിക്കുന്നു അതാണ് സന്യാസം ഇവിടെ ആരാ അഗ്നിഹോത്രമങ്ങൾ ചെയ്ത് ഇതുവരെ ജീവിച്ചത് അഗ്നിഹോത്രാദി കർമ്മം ചെയ്ത് ഇവിടെ ആരും ജീവിക്കുന്നില്ലല്ലോ പിന്നെ അത് ധരിക്കേണ്ട ആവശ്യവും വരുന്നില്ല ഇനി നമ്മൾ ബലാത്കാരമായിട്ട് അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആശ്രമത്തിൽ വന്നതിന് ശേഷം ഓവുന്നതിനും ഒക്കെ സ്വീകരിച്ച് ഗണപതി ഹോമം നടത്തിയിരിക്കും അധികം കഴിഞ്ഞ് ആരാ അഗ്നിഹോത്രം ചെയ്യുന്നു അപ്പൊ അതല്ല ശങ്കരാചാര്യ പറയുന്നതാണ് സന്യാസം എന്ന് പറയുമ്പോ ആ കർശനമായിട്ടുള്ള കർമ്മത്യാഗമാണ് അത് കർമ്മം അനുഷ്ഠിക്കുന്നവനെ അത് തിരിക്കേണ്ട പ്രസക്തി വരുന്നുണ്ട് അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ കർമാനുഷ്ഠാനത്തിനും ആ കർമ്മത്യാഗത്തിനും പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യട് ബൃഹതാന്യവംശത്തിന്റെ ഭാഷത്തിൽ പറയും ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അവകാശമുള്ളൂ വേറെ ആർക്കും സന്യാസത്തിന് അവകാശം ഇല്ലെന്ന് പറയും അങ്ങനെയും ഒരിടത്ത് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിന് ക്ഷോഭിക്കേണ്ട കാര്യമില്ല ശങ്കരാചാര്യ പറയുന്ന അർത്ഥത്തിലാണ് കാരണം അവിടെ പ്രസക്തമായ ഒന്നിനെ ഉപദേശിക്കേണ്ട കാര്യമുള്ളൂ ഈ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആര് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഈ ബ്രാഹ്മണനേ ഉള്ളൂ വേറെ ആരും അതനുഷ്ഠിച്ച് ജീവിക്കുന്നില്ല അപ്പോൾ അങ്ങനെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണനെ അത് ഉപേക്ഷിക്കണം മറ്റുള്ളവർക്ക് അത് വേണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാരും അതനുഷ്ഠിച്ച് ജീവിക്കുന്നില്ല പിന്നെ അവരത് ഉപേക്ഷിക്കേണ്ട ആവശ്യവും വരുന്നുണ്ടോ അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സന്യാസം എന്താ ഇന്ന് ആരെങ്കിലും അങ്ങനെ വൈദിക കർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ആ സന്യാസത്തിനും പ്രസക്തിയുണ്ട് അത്രേ ഉള്ളു അത് ഈ നമ്മുടെ ചരിത്രവുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു കാര്യമാണ് ഒരു കാലത്ത് ഭാരതത്തിൽ മനുഷ്യരെങ്ങനെ ജീവിച്ചിരുന്നു വർണ്ണവ്യവസ്ഥിതി എന്തായിരുന്നു അതിനനുസരിച്ച് ഇന്ന് ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആ സന്യാസത്തിന് കാലാനുസൃതമായി മാറ്റി ആണ് നമ്മുടെ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് കാരണം ആ ജീവിതശൈലിയും ജീവിത ക്രമങ്ങളും ജീവിത രീതികളെല്ലാം മാറിപ്പോയി അപ്പൊ അന്നത്തെ തരത്തിലുള്ള ബ്രഹ്മചര്യം ഗാർഹസ്ത്യം എന്ന് പറയുന്ന ജീവിതം ഇന്നില്ല ഇന്ന് ആ തരത്തിലുള്ള സന്യാസമില്ലെന്ന് പറയുന്ന പോലെ തന്നെ ആ തരത്തിലുള്ള ഗ്രഹസ്ഥാശ്രമവും ഇന്നൊരാള് ഭാര്യസമേതനായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന തരത്തിൽ ശങ്കരാചാര്യെല്ലാം പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഗ്രഹസ്ഥാശ്രമിയല്ല ഗ്രഹസ്ഥാശ്രമി വിളിക്കാൻ പറ്റത്തിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരെല്ലാം ഗൃഹസ്ഥാശ്രമികളല്ല ഗൃഹസ്ഥന്റെ ആ നിയമങ്ങളനുസരിച്ച് ജീവിക്കണം ആ കർമ്മങ്ങളല്ല ഇന്നതൊന്നും ആരും പ്രായോഗികമായി ചെയ്യുന്നില്ല ഇത് കർമ്മ മണ്ഡലം തന്നെ ആകെ മാറിപ്പോയി വൈദിക കർമ്മമണ്ഡലമല്ലേ അന്ന് കർമ്മമെന്ന് പറയുന്നത് വൈദിക കർമ്മങ്ങളാണ് ഇന്ന് ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളല്ല അന്ന് വൈദിക കർമ്മങ്ങൾ തന്നെയായിരുന്നു ഒരുവന്റെ ഉപജീവനത്തിനും ഉപകരിച്ചിരുന്നത് അപ്പം ആ കർമ്മരംഗങ്ങളെ മാറിപ്പോയി അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അങ്ങനെ ആ നമ്മുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ബോധമില്ലാതെ ഇതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതും അബദ്ധമാണ് ഇന്ന് നമ്മൾ കാണുന്നത് അനുഷ്ഠിക്കുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തുള്ള ഒരു സന്യാസ രീതിയാണ് ശങ്കരാചാര്യർ വിവീക്ഷിച്ചിരുന്നതല്ല അങ്ങനെ ശങ്കരാചാര്യ വിവീക്ഷിച്ച ആ സാമൂഹ്യക്രമം ജീവിത രീതി മാറിയതുകൊണ്ട് അതല്ല എന്നാണ് പറയുന്നത് എന്നാൽ അതിന്റെ തത്വത്തിൽ അതാളുകാണ് ഞാനീ പറയുന്നത് ബാഹ്യമായ ആചാരങ്ങളിലും മറ്റുമൊക്കെയാണ് ശങ്കരാചാര്യർ പറയുന്ന ആദർശം ആദർശം എന്നുള്ളതെങ്കിൽ അത് അന്നും ഏത് കാലത്തും അതിന് മാറ്റമില്ല പക്ഷെ എന്റെ പ്രായോഗികമായ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളിൽ അന്നത്തെ കാലം ഇന്നത്തെ കാലവുമായിട്ട് ഒരുപാട് മാറിപ്പോയി എന്റെ തത്വത്തിലോ എന്റെ മൂല്യത്തിലോ അത് കാലത്തിനൊന്നും ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും നോക്കുന്നത് ബാഹ്യമായ എന്റെ ആചാരങ്ങളിലാണ് അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത് അപ്പൊ ഇന്നത്തെ സന്യാസി ചെയ്യുന്ന കർമ്മത്തിന് കർമ്മയോഗമായിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് അത് ഗണിക്കാമെന്നാണ് പറയുന്നത് കാരണം ഇന്നത്തെ സന്യാസിന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട അയാള് അജ്ഞനാണോ അതോ ജ്ഞാനിയാണോ എന്നുള്ളതാണ് അപ്പോൾ അയാൾ മൂക്ഷുവാണ് എന്നാൽ അജ്ഞനാണ് എങ്കിൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മയോഗം തന്നെയാണ് അത് ശങ്കരഭാഷ്യത്തിന്റെ അക്ഷരാർത്ഥത്തിൽ പരിശോധിച്ചതല്ല അതിന്റെ ആ ഭാഷ്യ ആ തത്വത്തിന്റെ വെളിത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേർതിരിക്കാം അതിവിടെ പറയുന്ന സന്യാസമല്ല ഈ കാലത്തെ സന്യാസം നടക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മയോഗമാണ് എന്തുകൊണ്ട് അജ്ഞനാണ് എന്ന ജ്ഞാനത്തിലുള്ള ആഗ്രഹമുണ്ട് കർത്തൃത്വ ഭോക്തൃത്വ ആദി വിചാരങ്ങളെല്ലാം ഉള്ളിലുണ്ട് എന്നാൽ അതെല്ലാം ഇല്ലാതാക്കണം അപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗം ജീവിത രീതി എന്ന് പറയുന്നത് സന്യാസത്തിന്റെ മാർഗം അപ്പോൾ ശങ്കരാ പറഞ്ഞ പഴയ ഗ്രഹസ്ഥന്റെ നിലയിലേ നിൽക്കുന്നുള്ളു ആ നിലയിലേ നിൽക്കുന്നുള്ളൂ സന്യാസി ഭാര്യയും മക്കളും ഇല്ലെന്നുള്ളതേയുള്ളൂ ബാക്കിയെല്ലാം ഗ്രഹസ്ഥന്റെ നിലയിൽ തന്നെ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അയാൾ കർമ്മം ചെയ്തു അജ്ഞനായിരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നു അപ്പോൾ അത് കർമ്മയോഗം തന്നെയാണ് ആ കർമ്മയോഗത്തിലൂടെ അയാൾ ചിത്തശുദ്ധി സമ്പാദിച്ച് അയാള് ജ്ഞാനത്തിലെത്തുന്നതുവരെ അയാളെ കർമ്മയോഗി വിളിക്കാം എന്നറിയാം അത് ശരിയാണ് ഈ ശ്ലോകങ്ങളിലൂടെ സാഖ്യയോഗമോ കർമ്മയോഗമോ രണ്ടിലും ഏതെങ്കിലും ഒന്ന് സമീക്കാകുമണം അനുഷ്ഠിച്ചാൽ രണ്ടിന്റെയും ഫലം സിദ്ധിക്കുന്നുവെന്നും അവ ഒന്ന് തന്നെയാണെന്നും കാണുന്നുവൻ പരമാർത്ഥം കാണുന്നുവെന്നും പറയുന്നുള്ളൂ അത് ഞാൻ വ്യാഖ്യാനിച്ചതാണ് അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഇപ്പോ നമ്മളീ ഒരു ഭാഷ ഉപനിഷത്തിന്റെ ഭാഷയും അല്ലെങ്കിൽ ഗീതയുടെ ഭാഷ ശങ്കരാചാര്യരുടെ ദർശനത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആത്മബോധവും തത്വബോധവും പഠിച്ചാൽ പോരാ അതിലൂടെ നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റൂ ആത്മാവെന്ന് പറയുന്ന അതിനെക്കുറിച്ച് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാട് എന്താണെന്നേ മനസ്സിലാക്കാൻ പറ്റൂ അതതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജീവാത്മാവും പരമാത്മാവും എന്താണ് മോക്ഷം എന്താണ് സാധനങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശങ്കരാചാര്യ അതിന്ന് മനസ്സിലാക്കണം ശങ്കരാചാര്യരുടെ ദർശനം എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഭാഷ്യങ്ങൾ തന്നെ പഠിക്കണം വിപൻഷത് ബ്രഹ്മസൂത്രം ഭാഷ്യങ്ങൾ തന്നെ സമഗ്രമായിട്ട് വരുമ്പോഴേ ആ ദർശനം മനസ്സിലാക്കുന്നത് അതും പഠിക്കുന്നത് കുറച്ച് തിരിച്ചറിവോടുകൂടി തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നറിയാം നമ്മളെ സംബന്ധിച്ച് പറ്റിയിരിക്കുന്നത് ശങ്കരാചാര്യരുടെ ഞാൻ പറഞ്ഞല്ലോ പത്തോ ആയിരമോ വർഷം ഒന്നും എഴുതി വെച്ച ഈ ഭാഷ്യത്തെ ആ ചരിത്ര പശ്ചാത്തലത്തെ ഉൾക്കൊള്ളാതെ ഇന്ന് ആയിരം വർഷം കൊണ്ട് മനുഷ്യന് മനുഷ്യ സമൂഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ അവന് ബൌദ്ധികമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ സാഹചര്യങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ ചുറ്റുപാടുകൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ അവന്റെ സംസ്കാരത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം ഇതിന് ഭാഷയ്ക്ക് എല്ലാത്തിനും മാറ്റം വന്നിരിക്കുകയാണ് ഈ മാറ്റങ്ങളെ ഒന്നും നമ്മൾ ഈ മാറ്റങ്ങളെല്ലാം നമ്മളങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആ പഴയ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ അന്ന് ശങ്കരാചാര്യൻ എന്ത് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സാധനം അതന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഈ എല്ലാ മാറ്റങ്ങളിലും ഓടി വന്ന ഇന്നത്തെ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പഴയ ഭാഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പം പറ്റും അതുകൊണ്ടാണിത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഗ്രഹസ്ഥനും ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന സന്യാസിയും നമ്മുടെ മുമ്പിൽ ഇന്നില്ല അത് നമ്മൾ ആദ്യം അംഗീകരിക്കും അത് രണ്ടും നമ്മുടെ മുമ്പിൽ ഇന്നില്ല അപ്പോ നമ്മൾക്ക് അവരെ സങ്കല്പത്തിലേ കാണാൻ പറ്റുന്നുള്ളൂ ശങ്കരാചാര്യ പറഞ്ഞ ഗ്രഹസ്ഥനും ശങ്കരാചാര്യ പറഞ്ഞ സന്യാസി നമ്മൾ സങ്കല്പത്തിൽ കാണുന്ന ആ ഗ്രഹസ്ഥിനി സന്യാസിയും ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കും നമ്മൾ ഇന്ന് കാണുന്ന സന്യാസം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് ഈ കാലത്തിന്റെയും കൂടെ ഒരു സൃഷ്ടിയാണ് ശങ്കരാചാര്യ സൃഷ്ടിച്ചാൽ അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നും കൊണ്ട് ഇതിന്റെ ഈ തത്വങ്ങളുടെ ആശയത്തെ നമ്മൾ ഇതിൽ കൊണ്ടുവരണം അക്ഷരാർത്ഥത്തെ ഇങ്ങോട്ട് കൊണ്ടു വരാൻ പറ്റത്തില്ല അന്ന് പറഞ്ഞ ആദർശങ്ങളുടെ മൂല്യത്തെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഇത് രണ്ടും യോജിപ്പിക്കണം ഇങ്ങനെ ഒരു ശങ്കരാചാര്യ ഒരു ഭാവനയിൽ പോലും കണ്ടിരുന്നുണ്ട് ആ ഒരു അർത്ഥത്തിൽ ശങ്കരാചാര്യർ ദീർഘവീക്ഷണില്ലാത്ത ഒരു ആചാര്യനാണെന്ന് പറയുന്നതിനും എനിക്ക് ആ ഒരു മടിയും വരുംകാലത്തിൽ കുറിച്ചുള്ള ശരിയായ ഒരു ബോധം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചിന്തിച്ചില്ലാതെ ആചാര്യസ്വാമിയുടെ വിഷയമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ദീർഘവീക്ഷണം കാരണം ശങ്കരാചാര്യർ ഇതിനെല്ലാം ഉറപ്പിച്ചിരിക്കുന്ന വർണ്ണ ആശ്രമ വ്യവസ്ഥകളിലാണ് ഈ വർണ്ണ ആശ്രമ വ്യവസ്ഥകളെല്ലാം കാലം കൊണ്ട് നിലനിൽക്കുന്നതല്ല അതെല്ലാം നശിച്ചുപോകുന്നതാണ് എന്നുള്ള ഒരു വിചാരം ഭാഷത്തിൽ ഒരിടത്തും ഇല്ല എന്തിനും ഒരിടത്ത് ശങ്കരാചാര്യർ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ഈ വർണ്ണ ആശ്രമ വ്യവസ്ഥകളിൽ കൂടിയേ ഒരുത്ത മോശം കിട്ടുമെന്ന് അവരെ പറഞ്ഞിട്ടുണ്ട് മോശം വേണമെങ്കിലും ഇത് കൂടി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനൊന്നും ഇത്തരം വ്യവസ്ഥകളിലൊന്നും നിൽക്കത്തില്ല മനുഷ്യന്റെ ജീവിതം വ്യവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കും പരിണാമമെങ്കിലും സംഭവിക്കും പൂർണ്ണമായും മാറിയില്ലെങ്കിലും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ശങ്കരാചാര്യർ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ ആധുനികന്മാരായ ആൾക്കാരെല്ലാം ഒരു വർണ്ണപക്ഷപാതിയാണ് അസമത്വത്തിന്റെ പക്ഷപാതിയാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നു അതുകൊണ്ടാണ് അത് മനഃപൂർവ്വം സംഭവിച്ചല്ല ആ ഒരു വിഷയത്തെക്കുറിച്ച് ശങ്കരാചാര്യ ചിന്തിക്കാത്തതാകാം എന്നാണ് അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ സർവജ്ഞത്വം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് സമാധാനപ്പെടാം അതുകൊണ്ട് ഇതിനെ നമ്മൾ വേർതിരിച്ചു തന്നെ മനസ്സിലാക്കാം ഗീതയുടെ ഭാഷയത്തിലോ ഉപനിഷദ് ഭാഷയങ്ങളിലോ ബ്രഹ്മസൂത്ര ഭാഷയങ്ങളിലോ ഈ ആശയങ്ങളിൽ നിന്ന് ശങ്കരാചാര്യർ അണുകിട പോലും വ്യതിചരിക്കുന്നില്ല എല്ലായിടത്തും ഒരേ കാര്യം തന്നെ ഉറപ്പിച്ചു പറയുന്നത് അതിന് ഈ മന്ത്രം എങ്ങനെയായിക്കൊള്ളട്ടെ ശ്ലോകങ്ങൾ എങ്ങനെയായിക്കൊള്ളട്ടെ ശങ്കരാചാര്യർ ഏതെടുത്ത് വ്യാഖ്യാനിച്ചാലും തന്റെ നിലപാട് തന്നെയാണ് അതിന് ഉദാഹരണം ഇതുതന്നെയാണ് ഈശാവാസിമിതം സർവമെന്ന് പറയുന്ന മന്ത്രം രണ്ടാമത് വരുന്നത് കുറുവന്നയവേഹകർമാണ് പ്രത്യക്ഷമായി നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇത് ഒന്ന് സന്യാസത്തിന് വേണ്ടിയാണ് മറ്റൊന്ന് ഗൃഹസ്ഥാശ്രമിക്കു വേണ്ടിയിട്ടാണ് അതൊന്നും നമുക്ക് പ്രത്യക്ഷമായി കാണുന്നില്ല പക്ഷേ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചുകഴിഞ്ഞപ്പോൾ അതങ്ങനെയായി ഒന്ന് സന്യാസത്തിനും ഒന്ന് ഗൃഹസ്ഥാശ്രമത്തിനും എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ആശയത്തെ ഒരു സിദ്ധാന്തത്തെ ഈ മന്ത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ആചാര്യസ്വാമികളുടെ ചെയ്യുന്നത് എല്ലായിടത്തും അതിന് ചിലടത്ത് തന്റെ ആശയം സ്പഷ്ടമായി പറയുന്ന മന്ത്രങ്ങൾ കാണും ചിലയിടത്ത് അസ്പഷ്ടമായി പറയുന്ന മന്ത്രങ്ങൾ കാണും വ്യാഖ്യാനത്തെ എല്ലായിടത്തും ആചാര്യസ്വാമികൾ സ്പഷ്ടമായി തന്നെ ആ കാര്യം പ്രതിപാദിക്കുന്നത് വ്യത്യാസവും ഇപ്പൊ ഗീതയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ആശയത്തിന് അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ ഉദാഹരണമായിട്ട് പറയണം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പറഞ്ഞു അതിനെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം സർവധർമ്മങ്ങളെയും പരിചയിച്ചു അപ്പം അവിടെ സർവകർമ്മസന്യാസം എന്ന് നോക്ക് പറയാം തസ്യ കാര്യം ന വിദ്യത്മരതിരീവസ് ആത്മതൃപ്ത മാനവ ആത്മന്യവച സന്തുഷ്ടം ന വിദ്യതി ആത്മജ്ഞാനിയെക്കുറിച്ച് പറയണം അവിടെ യാതൊരു നിഷ്ഠകളും അവനോ മറ്റു ഒരു തരത്തിലുള്ള കർമ്മങ്ങളുമില്ല അങ്ങനെയെല്ലാം പറയുന്നത് നമുക്ക് സർവകർമ്മ സന്യാസത്തിന് താരം തരും ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ കർമാനുഷ്ഠാനത്തിലാണ് വരുന്നത് പക്ഷേ അതിന് ഏത് ഭാഗമായാലും ശരി ശങ്കരാചാര്യ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലായിടത്തും ഇതിനെ രണ്ടായി കണ്ടുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും അസ്പഷ്ടമാണ് ഒരു ഭാഗമെങ്കിലും അവിടെ സ്പഷ്ടമായി ശങ്കരാചാര്യ വ്യാഖ്യാനിക്കും ഇവിടെ ജ്ഞാനം വേറെ കർമ്മം വേറെ ഗർഭസ്ഥ്യം വേറെ സന്യാസം വേറെ ഇതാണ് ശങ്കരാചാര്യ വ്യാഖ്യാന ശൈലി അത് തന്നെയാണ് കാണുന്നത് അപ്പോൾ തന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആശയത്തെ പ്രബലമായി ഉറപ്പിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് ഇത് ശങ്കരാചാര്യം മാത്രമല്ല നമ്മുടെ വ്യാഖ്യാതാക്കളെല്ലാം ദ്വൈതമായാലും വിശിഷ്ടദ്വൈതമായാലും മറ്റെന്തായാലും ശരി അവിടെ എല്ലാ ആചാര്യന്മാർ അവരുടെ മനസ്സിലൊരാശയത്തെ രൂപീകരിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് എല്ലാ ഭാഗങ്ങളെയും അതിനനുസരിച്ചിട്ടാണ് വ്യാഖ്യാനിക്കുകയാണ് ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മിഥ്യ പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള പറയുന്ന ഒരു വാക്യം പോലും നമ്മൾ ഉപനിഷത്തുകളിലില്ല ഉപനിഷത്തുകളെന്ന് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ച ഈ പത്ത് ഉപനിഷത്തുകളിലും ഒരു വാക്കുപോലുമില്ല പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്ന ഒരു വാക്കു പോലും ഇല്ല വേറെ ഉപനിഷത്തുകളിലുണ്ട് ഒരൊറ്റ വാക്കുക അതോ അന്യതാർത്ഥം ഇങ്ങനെയൊക്കെ പറയുന്ന ചുരുക്കഞ്ചല വാക്യങ്ങൾ മാത്രമാണിതിന് ാനാസ്തി കിഞ്ചന സർവംഖിതം ബ്രഹ്മ ഇങ്ങനെയൊക്കെ കുറയുന്ന ചിലവാക്കി അവിടെ നിന്ന് ഈ മിഥ്യ എന്നുള്ള ശബ്ദം വരുന്നേ പക്ഷെ നിങ്ങളത്യന്തം ആദ്യന്തം ഉപയോഗിച്ചിരിക്കുന്നത് ഈ മിഥ്യ എന്നുള്ള ശബ്ദമാണ് പ്രപഞ്ചം മിഥ്യാണെന്ന് സമർത്ഥിച്ചിരിക്കുകയാണ് പരമാർത്ഥത നിലനിൽക്കുന്നുണ്ട് സമർത്ഥിച്ചിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടങ്ങനെ താനും തന്റെ ആദർശം തന്റെ സിദ്ധാന്തം അതാണ് ആ സിദ്ധാന്തത്തെ എവിടെയും ആ സിദ്ധാന്തത്തെ തന്നെ വെളിപ്പെടുത്തും ആ അങ്ങനെ വെളിപ്പെടുത്തുന്നതിനുള്ള ബുദ്ധി സാമർഥ്യവും കഴിവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ദർശനത്തെ കുറിച്ചുള്ള ആധ്യാത്മികമായ അനുഭവം ശങ്കരാചാര്യർക്കുണ്ട് അതുകൊണ്ട് ശങ്കരാചാര്യ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു മറിച്ചാണ് മറ്റുള്ള ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ തന്റെ ഉള്ളിലിരിക്കുന്ന ആ ദർശനത്തെ ഇതിലൂടെ വെളിപ്പെടുത്തിയാണ് ഓരോ ആചാര്യന്മാരും ചെയ്യുന്നത് ഇനി നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഭാഷ്യം ശരിക്കും പഠിച്ചു വരുമ്പോൾ ആ സംശയങ്ങളെല്ലാം തീരും അങ്ങനെ ചിന്തിക്കുന്നത് നല്ലത് തന്നെ അപ്പോൾ നമ്മളാ വിഷയത്തിലേക്ക് വരാൻ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറവന്റെ വേഹ കർമാണി ഇഹ ഈ ലോകത്തിൽ കർമാണി കർമ്മങ്ങൾ ഭാഷകാരം പറയുന്നതിനനുസരിച്ച് അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങൾ കുറുവന്നേവ ചെയ്തതുകൊണ്ട് തന്നെ ശതം സമാഹ എന്റെ ആയുസ് മുഴുവൻ ജി ജീവിഷ ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്നാണ് ഏവം ഇങ്ങനെയായി കഴിഞ്ഞാൽ പറയുന്നു ത്വരെ മനുഷ്യനായ നിന്നൽ കർമ്മ ലിപ്യതേ കർമ്മം ബന്ധിക്കുന്നില്ല കർമ്മത്താൽ നീ ബന്ധിക്കപ്പെടുന്നില്ല മന്ത്രത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് ഭാഷ്യത്തിനനുസരിച്ച് കർമ്മം ബന്ധിക്കാതിരിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല വേറെ വഴിയില്ല എന്ന അങ്ങനെയുള്ളതെന്ന് കർമ്മത്തെ ബന്ധിക്കാതിരിക്കാൻ വേറെ വഴിയില്ല എന്നാണ് ഇതല്ലാതെ എന്നല്ല കർമ്മ ബന്ധത്തെ ബന്ധിക്കാതിരിക്കാൻ വേറെ വഴിയില്ല ഏന ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ് ഏന പ്രകാരേണ അശുഭം കർമ്മനടിക്കുക എന്നുവെച്ചാൽ കർമ്മം ബന്ധിക്കും എന്നർത്ഥം അതാണ് നീ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കർമ്മം നിന്നെ ബന്ധിക്കും എന്നാണ് ആ രണ്ടാമത്തെ മന്ത്രത്തിൽ ഭാഷകാരൻ ഉദ്ദേശിക്കുന്ന അർത്ഥം അല്ല ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർമ്മം നിന്നെ ബന്ധിക്കില്ല എന്നല്ല രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നു എന്ന് വെച്ചാൽ നീ കർമ്മത്തിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നെ നിന്നുകഴിഞ്ഞാൽ നിന്നെ കർമ്മം ബന്ധിക്കും എന്നാണ് കർമ്മമോചനം വേണോ ബന്ധമോചനം വേണോ കർമ്മമോചനം വേണോ എന്നാണ് അതുകൊണ്ട് അതിന്റെ ഭാഷ്യം വ്യഖ്യാനിക്കുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതഹ അന്യത നാസ്തി എന്നുള്ള ഭാഷകാരും പറയുന്നത് എന്താണ് ഏന പ്രകാരേന അശുഭം കർമ്മനേൽപ്പിടെ കർമ്മം എന്ന് കേട്ടാൽ തന്നെ അത് അശുഭമെന്നാണ് എല്ലാ കർമ്മവും അശുഭമാണ് ഏത് കർമ്മം വൈദിക കർമ്മമായാലും അത് അശുഭമാണ് ഈ അശുഭം കർമ്മം ബന്ധിക്കാതിരിക്കാൻ വഴിയില്ലെന്നാണ് എന്നുവെച്ചാൽ ബന്ധിക്കും എന്നാണ് എന്തുകൊണ്ട് നീ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നീ ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത് വർത്തമാനാത് പ്രകാരാ അന്യഥാപ്രകാരാന്തരം ഞാനത് പ്രത്യേകം പറയുന്ന കാര്യം ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് കർമ്മയോഗത്തെക്കുറിച്ചല്ല ഇതേ മന്ത്രം കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ ചേട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് സ്വതന്ത്രമായി ഇങ്ങനെ വ്യാഖ്യാനിക്കാം ശാങ്കരമതമനുസരിച്ച് ശങ്കരാചാരുടെ ഭാഷ്യമനുസരിച്ച് കർമ്മയോഗത്തെ അല്ല പറയുന്നത് ഇവിടെ പറയുന്നത് നീ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നീ കർമ്മബന്ധനത്തിൽ തന്നെ പെടും എന്നാണ് അതേ തന്നെ അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഏനപ്രകാരേണ അശുഭം കർമ്മം ഭാഷ്യത്തിനനുസരിച്ച് ഞാൻ പറയുകയാണ് മന്ത്രത്തിന്റെ അർത്ഥങ്ങളിൽ ഞാൻ വേറെ വ്യാഖ്യാനിച്ചത് ഭാഷ്യത്തെ സ്പർശിക്കാതെ ഭാഷ്യത്തെ സ്പർശിച്ച് എന്ന് പറയുമ്പോൾ മന്ത്രം നോക്കിയാൽ പോരാ ഭാഷ്യം നോക്കും അന്യഥാ പ്രകാരാന്തരം നാസിന പ്രകാരേന അശുഭം കർമ്മന ലിപ്പിയതെന്നാണ് പ്രകാരാന്തരം ഉണ്ട് മറ്റ വഴി കൊണ്ട് കർമ്മം ബന്ധിക്കാതിരിക്കാൻ പക്ഷെ അതിവിടെ ഇല്ലെന്നാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്താൽ ബന്ധിച്ചേണ്ട രീതി ഒന്നാണ് കർമ്മം തന്നെ ബന്ധിക്കും ഭാഷകാരം വേഖ്യാനുസരിക്കും മന്ത്രത്തിൽ നമുക്ക് തോന്നുമ്പോൾ അത് തോന്നുന്നില്ല കാരണം എന്തുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കർമ്മം അനുഷ്ഠിച്ചാൽ കർമ്മം ബന്ധിക്കും എന്നാണ് എന്നാണ് ഭാഷ്യം വ്യാഖ്യാനിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ മന്ത്രം വ്യാഖ്യാനിക്കുന്ന എല്ലാവർക്കും ഇത് കർമ്മയോഗത്തിന് ഉദ്ധാരണമായിട്ടാണ് കാരണം അവസാനം പറയുന്നുണ്ടല്ലോ ന കർമ്മ ലിപ്യത എന്നറിയേ കർമ്മം ബന്ധിക്കുന്നില്ല എന്നാണ് പക്ഷെ അങ്ങനെ അത്രയും മാത്രം എടുത്തല്ല അതിനോടുകൂടി മറ്റോ ചേർക്കുന്നുണ്ട് ഇതഹ അന്യഥ നാസ്തി അതുകൂടി ചേർത്തിട്ട് ന കർമ്മ ലിപ്യത എന്നാണ് അതിന് ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നത് കർമാണിക്കുറുവതോ വർത്തമാനാ പ്രകാരാത് അന്യഥാ പ്രകാരാന്തരം നാസ്തി എന്നാണ് ഇങ്ങനെ കർമ്മം ചെയ്യുന്നതിനും മറ്റൊരു വഴിയില്ല ഏതു വഴി ഏനാ കർമ്മനലിപ്പിയത് ഏതു വഴിയിലൂടെയാണോ ബന്ധിക്കാതിരിക്കുന്നത് ആ വഴി ഇല്ലെന്നോ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഭാഷ്യം അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ ഗൃഹസ്ഥാശ്രമിയാണ് അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർമ്മം അവനെ ബന്ധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ കർമ്മയോഗമൊന്നുമില്ല കർമ്മയോഗം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കർമ്മം ചെയ്തുകൊണ്ടിരുന്നോ കർമ്മം ബന്ധിക്കും അതുകൊണ്ടല്ലേ ആദ്യം പറഞ്ഞത് നരേ നരമാത്ര അഭിമാനിനി മനുഷ്യനൊന്നും മാത്രമുള്ള അഭിമാനമുള്ളവൻ അവൻ ആത്മാവാണെന്ന് അഭിമാനിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം കർമ്മബന്ധനത്തിനൊന്നും മോചിക്കാൻ വഴിയില്ല മോചനത്തിലുള്ള ഉപായങ്ങളൊന്നും ഇല്ല എന്നാണ് ആചാര്യസ്വാമിയോട് പറയുന്നത് അതുകൊണ്ട് നരയെന്നുള്ളതിനങ്ങനെ വ്യാഖ്യാനിച്ചത് നര മാത്രം അഭിമാനിയെന്ന് വെച്ചാൽ ആത്മാഭിമാനമില്ലാത്തവൻ നിർത്തി ഈശാവാസ വിധമെന്നുള്ള ബോധമില്ലാത്തവൻ അവനെന്ത് ചെയ്യുന്നു കർമ്മം ചെയ്തു തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വർത്തമാന പ്രകാരമാണ് നീ ഇങ്ങനെ കർമ്മം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് വേറെ വഴിയില്ല ഏന അശുഭം കർമ്മം ഏതെങ്കിലും ഒരു വഴിയിലൂടെ കർമ്മബന്ധനത്തിൽ നിന്നും മോചിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം തെക്തേന ഭുഞ്ചിത കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മാവിനെ രക്ഷിക്കൂ എന്ന് ആദ്യത്തെ ഇതുമായിട്ട് അതുകൊണ്ട് ശങ്കരാചാര്യെ സംബന്ധിച്ച് രണ്ട് വഴിയേ ഉള്ളൂ ഒന്നിനിൽ കർമ്മം ഉപേക്ഷിക്കുക ഈ ബന്ധനത്തിൽ നിന്നും മോചനം നേടുക അല്ലെങ്കിൽ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ബന്ധനത്തിൽ തന്നെ കഴിയുക രണ്ട് വഴികളേ ഉള്ളൂ ആണ് പറയുന്നത് ഇതാണ് വർത്തമാനം ഇത് ഇപ്പോഴുള്ള നിലവിലുള്ള പ്രകാരാതിരീതി അതിൽ നിന്ന് അന്യതെന്ന് വെച്ചാൽ മറ്റൊരു രീതി ഇല്ല എന്തിനുള്ള രീതി അതാണ് അടുത്ത് പറയുന്നത് ഏന പ്രകാരമാണ് അശുഭം കർമ്മൻ എനിക്ക് ഈ കർമ്മം നിന്നെ ബന്ധിക്കാതിരിക്കാനുള്ള വേറെ രീതി നിനക്കില്ല എന്തുകൊണ്ട് നീ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നീ ബന്ധിച്ചു തന്നെ തീരും നല്ല ബന്ധിക്കുമെന്നാണ് ബന്ധിക്കാതിരിക്കാൻ ഉള്ള വേറെ ഒരു വഴി ഏതാണ് ആദ്യം പറഞ്ഞത് ഈശാവാസിതം അത് നിന്നിലില്ല എന്തുകൊണ്ട് നീ നരമാത്ര അഭിമാനിയാണ് അപ്പൊ കർമ്മം നിന്നെ ബന്ധിച്ച് തന്നെ തീരും എന്നാണ് ഒന്നുകൂടെ നോയിക്കോളുകം അഗ്നിഹോത്രാദി ഇനി കർമാണി കുർവത എന്നാണ് ഇങ്ങനെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവന് വർത്തമാനാ പ്രകാരാ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്നും പ്രകാരാന്തര നാശം വേറെ ഒന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതാണ് ഏന ഏത് രീതിയിലൂടെയാണോ അശുഭം കർമ്മം നൽപ്പിയതേ കർമ്മം ബന്ധിക്കാതിരിക്കുന്നത് അങ്ങനെയൊന്നില്ലെന്ന് പൂർവ്വത്തിനോട് തന്നെ കർമ്മം ബന്ധിക്കാതിരിക്കുന്നതിനുള്ള ഒരു വഴി നിനക്കില്ല എന്തുകൊണ്ട് ഇനി കർമ്മം ചെയ്തു തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ജീവിച്ചു ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് കർമ്മത്തിൽ നിന്ന് മോചിക്കുന്നതിനുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു എന്നാണ് എന്നാണ് പറയുന്നത് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സാധാരണ ഏത് വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാലും ഇനി ശാങ്കരഭാഷ്യത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞുള്ള മലയാള വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാലും ഈ മന്ത്രത്തിൽ പറയുന്നത് കർമ്മയോഗത്തിനുള്ള വഴിയാണെന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശങ്കരാചാര്യ ഈ വ്യാഖ്യാനത്തെ പിൽക്കാലത്ത് വന്ന വ്യാഖ്യാനാക്കളും വിമർശിച്ചിട്ടുണ്ട് അവര് പറയുന്നത് അങ്ങനെയല്ല ഇത് കർമ്മയോഗത്തെ വേണ്ടി പറയുന്നു മറ്റുമൊക്കെയാണ് പക്ഷെ ശങ്കരാചാര്യ ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത് ഗൃഹസ്ഥ ധർമ്മമായിട്ടാണ് ഗൃഹസ്ഥൻ ചെയ്യുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനെ കുറിച്ചാണ് അവന് രക്ഷയില്ല നേരത്തെ പറഞ്ഞ വഴിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് ഇത് മോക്ഷത്തിനുള്ള മാർഗമായിട്ടല്ല അതല്ലേ പറയുന്നത് ദ്വിതീയേന തത് അശക്തസി കർമ്മനിഷ്ഠേതി നമ്മൾ കഴിഞ്ഞ ഇവിടെ വായിച്ചു നിർത്തിയതാണ് രണ്ടാമത്തെ മന്ത്രത്തിലൂടെ ത്യാഗത്തിന് അശക്തനായിട്ടുള്ളവന് കർമ്മനിഷ്ഠ വിധിക്കുകയാണ് കർമ്മനിഷ്ഠ മോക്ഷത്തിനുള്ളതാണ് ജ്ഞാനനിഷ്ഠയാണ് മോക്ഷത്തിനുള്ളത് ആ കർമ്മനിഷ്ഠനായി കഴിഞ്ഞാൽ അതിന്റെ ഫലം അവനുഭവിക്കേണ്ടി വരും അപ്പം മോക്ഷം ഉണ്ടാകുന്നത് ഇതാണ് രണ്ടിനും വേർതിരിച്ച് കാണിക്കുകയാണ് ശങ്കരാചാര്യർ പറയുന്നത് ഇനിയും അത് വ്യക്തമാക്കി പറയും ഇവിടെ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് പ്രവൃത്തി മാർഗം ഒന്ന് നിവൃത്തി മാർഗം രണ്ടാമത്തെ മന്ത്രത്തിൽ പ്രവൃത്തി മാർഗത്തെ കുറിച്ച് പറയുന്നു ആദ്യത്തെ മന്ത്രത്തിൽ നിവൃത്തി മാർഗത്തെക്കുറിച്ച് പറയുന്നു അപ്പോ ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞ ആ നിവൃത്തി മാർഗത്തിലൂടെ മാത്രമേ ഒരാൾക്ക് മോക്ഷമുള്ളൂ രണ്ടാമത് പറയുന്ന പ്രവൃത്തി മാർഗത്തിലൂടെ അയാൾക്ക് മോചനം ഉണ്ടാകുന്നില്ല മോക്ഷമുണ്ടാകുന്നില്ല എന്നാണ് അപ്പൊ പ്രവൃത്തി മാർഗത്തിന്റെയും നിവൃത്തി മാർഗത്തിൻ്റെതുമായിട്ടാണ് ഈ രണ്ട് മന്ത്രങ്ങളെയും വ്യാഖ്യാനിക്കുന്നത് നമ്മൾ സാധാരണ വ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന രീതിയിലല്ല ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന അടുത്തുപോലും ഈ രണ്ടാമത്തെ ഭാഷയത്തിന്റെ അർത്ഥത്തെ ഉപർത്തനം ചെയ്തിരിക്കുന്നിടത്തെല്ലാം തെറ്റിച്ചാണ് പ്രവർത്തനം ചെയ്തിരിക്കുന്നത് അതങ്ങനെ എന്തുകൊണ്ട് തെറ്റിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാഷാ പരിചയമില്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഈ അദ്വൈതമെന്ന് പറയുന്ന ആശയം പിടിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇനി വരുന്ന ഭാഗങ്ങളും അത് വ്യക്തമായി പറയും ദ്വാ രണ്ട് മാർഗങ്ങളാവുള്ളത് മഹാഭാരതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെയും പറയുന്നുണ്ട് ഗീതാഭാഷ്യം തുടങ്ങുന്നിടത്തും ഇതേ മഹാഭാരത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് രണ്ട് വഴികളാവണത് ഒന്ന് പ്രവൃത്തി മാർഗം ഒന്ന് നിവൃത്തി മാർഗം പ്രവൃത്തി മാർഗത്തിൽ മോക്ഷമില്ല നിവൃത്തി മാർഗത്തിലെ മോക്ഷമുള്ളൂ ഇതാണ് ശങ്കരാചാര്യ സിദ്ധാന്തം ആദ്യത്തെ മന്ദിരത്തിൽ നിവൃത്തി മാർഗത്തെക്കുറിച്ച് പറയുന്നു അതിലൂടെ പോയാലേ ഒരുവന് മോചനമുള്ളൂ രണ്ടാമത്തെ മാർഗത്തിൽ പ്രവൃത്തി മാർഗത്തിലുള്ള പറയുന്നു അതിലൂടെ പോയാലേ ഒരുവന് മോചനമില്ല സംസാരത്തിൽ പെടുന്നു എന്നാണ് അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത് കഥം പുനർഗീതം അവഗമ്യത ഈ രണ്ട് മന്ത്രങ്ങളെയും ഇങ്ങനെ രണ്ടായിട്ട് പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് നിഷ്ഠകളായിട്ട് അത് ആ വിരോധം ചലിപ്പിക്കാൻ ഒക്കത്തില്ല പറഞ്ഞു വ്യാഖ്യാനിച്ചപ്പോൾ ജ്ഞാന കർമ്മോർ വിരോധം പരസ്പര വിരുദ്ധമായ രണ്ട് ജീവിത നിഷ്ഠകളെ പറയുന്നത് പൂർവ്വേണ സന്യാസിനോ ജ്ഞാനനിഷ്ഠവും ആദ്യത്തെ മന്ത്രത്തിൽ സന്യാസിമാരുടെ ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു ദിതിയേന തത് അസക്തസ്യ എന്ന് പറയുമ്പോൾ അജ്ഞാനിക്കുള്ള കർമ്മനിഷ്ഠയാണ് പറഞ്ഞത് അപ്പോൾ അവിടെ കർമ്മമോചനത്തിലുള്ള ഒരു വഴിയും പറയുന്നില്ല ഈ വൻഷത്തിന്റെ മന്ത്രങ്ങൾ നമ്മൾ മലയാളത്തിൽ ഉള്ളത് വായിച്ചു കേട്ടിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിരിക്കും അപ്പൊ ശങ്കര ഭാഷ പഠിക്കുമ്പോഴത്തേക്ക് ശങ്കരാചാര്യത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചതെല്ലാം തൽക്കാലത്തേക്കിങ്ങനെ മറന്നുകളയണം ഓർമ്മിക്കുകയും ചെയ്ത് ഇതിന്റെ ഇടയ്ക്ക് പിടി എന്നാകെ ആശയക്കുഴപ്പം വരും അതെല്ലാം മറക്കണം ദ് ദ്വിതീയേന തത് അശക്തസ്യ കർമ്മനിഷ്ഠ രണ്ടാമത്തെ പറയുന്നത് എന്നാണ് ആ കർമ്മനിഷ്ഠയ്ക്കകത്താണ് ശങ്കരാചാര്യ പിന്നെ കർമ്മയോഗത്തെ പറയുന്നത് ആ കർമ്മയോഗത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുമില്ല അത് ഗീതയിൽ വരുമ്പോൾ ശങ്കരായർ കർമ്മയോഗം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഗീതിയിൽ മാത്രം വേറെ ഒരിടത്തേക്ക് കർമ്മയോഗത്തെക്കുറിച്ച് മിണ്ടുന്നേയില്ല ശങ്കരായർക്ക് ഇഷ്ടം കർമ്മയോഗമല്ല മറിച്ച് കർമ്മസന്യാസമാണ് ഇനി കർമ്മം പിന്നെ അതിൻ്റെ അകത്ത് കർമ്മയോഗം എന്നും പറഞ്ഞ് വേറൊരു കർമ്മം അങ്ങോട്ടൊന്നും കൂടുതൽ താല്പര്യം ശങ്കരായർ കാണിക്കുന്നില്ല അതൊക്കെ മോക്ഷം വേണോ കർമ്മത്തെ ഉപേക്ഷിച്ചോളൂ ഇതാണ് അതാണ് ശങ്കരായ നിലപാട് അപ്പോ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും മനുഷ്യരെല്ലാം പിന്നെ കർമ്മം ഉപേക്ഷിച്ച് പോയാൽ അങ്ങനെ ഒരു അബദ്ധം ഒരിക്കലും ഉണ്ടാകത്തില്ല മനുഷ്യരെല്ലാം മനുഷ്യരെല്ലാവരും തന്നെ ആരും തന്നെ ഈ മഹാത്മാക്കൾ ആരും പറയുന്ന ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ കേട്ടിരുന്നെങ്കിൽ മനുഷ്യനെ തന്നെ നന്നായിപ്പോയില്ല നമ്മൾ തന്നെ നന്നാവുന്നില്ല പിന്നെ അല്ലേ മറ്റുള്ളവരാരെയും പറയും അപ്പം പിന്നെ ഇതാരും ഇവരാരും പറയുന്ന ആരും കേൾക്കത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ലോകത്ത് ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ ശങ്കരാചാര്യർ അതാ എത്രയോ പേര് പ്രസംഗിക്കുന്നത് എഴുതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള കുറെ വർഷമൊന്നും ഇപ്പൊ കേൾക്കാറുമില്ല വായിക്കാറുമില്ല ഈ ശങ്കരാചാര്യര് ഇങ്ങനെ എഴുതിയതുകൊണ്ടാണ് നമ്മുടെ രാജ്യം നശിച്ചുപോയെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ശങ്കരായർ പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇത്രയും വലിയ ശങ്കരായർ പറഞ്ഞനുസരിച്ച് ജീവിച്ച ഒരാളെയെങ്കിലും ഒരാളെയെങ്കിലും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാമെങ്കിൽ ശരി ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമാണ് അപ്പൊ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല ഇതൊന്നും ആരും അനുസരിക്കാനും പോകുന്നില്ല ഇതനുസരിച്ചൊന്നും പറഞ്ഞ് അനുസരിക്കുന്നവനോട്ട് നാശം വരാനും പോകുന്നില്ല എന്നാലും ആൾക്കാർ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും ശങ്കരാചാര്യരാണ് ആവെ കുഴപ്പം ഇവിടെ ഉണ്ടാക്കിയത് എന്ന് പറയും അതാണ് അടുത്ത് പറയുന്നത് എന്താണ് ഉച്ചതേ ജ്ഞാനകർമ്മനോട് വിരോധം പർവ്വത അകമ്പ്യം യഥോക്തം എന്ന് സ്മരസിക്കും ഇത് എപ്പോഴും നമ്മൾ മനസ്സിരിക്കണം ഭാഷ്യകാരന്റെ ആശയത്തെ നമുക്ക് ശരിയായി മനസ്സിലാക്കണു ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള വിരോധം ാണ് രാമനും രാവണനും തമ്മിലുള്ള വിരോധം പോലെയാണ് അത് പർവ്വതപത് അകമ്പ്യം അതിനങ്ങോട്ട് അല്പം പോലും ചലിപ്പിക്കാൻ ഒക്കത്തില്ല അത് എന്നുവെച്ചാൽ തന്റെ ആശയത്തിൽ നാളെ വരുന്ന ഒരുത്തനും അല്പം പോലും വെള്ളം ചേർക്കരുത് എന്ന് ശങ്കരാചാര്യർക്ക് അത്രയും നിർബന്ധമുണ്ടായിരുന്നു യഥോക്തം ഞാനത് പറഞ്ഞ് എന്നെ സ്മരസിക്കും എന്താന്ന് നിനക്ക് മനസ്സിലായില്ലെന്നാണ് എന്നുവെച്ചാൽ ഗാർഹസ്ഥ്യവും സന്യാസവും ഇതിനെ സംബന്ധിച്ച് ശങ്കരാചാര്ക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് വളരെ വ്യക്തമാണ് ഇത് രണ്ടു ഒരിക്കലും യോജിപ്പിക്കാനേ പറ്റത്തില്ല ഗ്രഹസ്ഥൻ ഒരിക്കലും മോക്ഷമില്ല സന്യാസിക്ക് മാത്രമേ മോക്ഷമുള്ളൂ ഗൃഹസ്ഥന് മോക്ഷം വേണമോ അവനതുപേക്ഷിക്കുക ഇതാണ് ശങ്കരാചാര്യരുടെ നിലപാട് അതിനി ജനാധിപത്യ ഉദ്യോഗസ്ഥയ്ക്ക് നിരക്കുന്ന അല്ലെങ്കിൽ അത് പിന്നെ കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക പരാതി പറയുക നമുക്കിപ്പം വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഇഹാപ്യുക്തം ആ കാര്യം തന്നെ ഇവിടെയും പറഞ്ഞു എന്നാണ് യോ ഹി ജിജീവിഷേത് സർമ്മകുർവൻ എന്നാ ഇവിടെയും പറയുന്നത് അത് തന്നെയാണ് രണ്ടാമത്തെ മന്ത്രത്തെ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് ആരാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് സ കർമ്മകുർവൻ എന്നാ ഈ ജിജീവിഷേതെന്ന് പറയുന്നത് എന്താണ് ഇനി അതിനെ തുടർന്ന് വരുന്ന ഭാഗത്ത് ശങ്കരാചാര്യ വ്യാഖ്യാനം ജീവിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കുക മരിക്കുക ഇത് ആഗ്രഹിക്കുന്നവൻ എന്നാണ് ഈ സംസാരത്തെ ആഗ്രഹിക്കുന്നവൻ ജനന മരണങ്ങളെ ആഗ്രഹിക്കുന്നവൻ ഈ ചക്രത്തിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കാത്തവൻ അവൻ കർമ്മം അനുഷ്ഠിച്ചോളുക കർമ്മം ചെയ്ത് അവൻ ഫലം കിട്ടും വീണ്ടും ജനിക്കാം വീണ്ടും ഇവിടെ ജീവിക്കാം വീണ്ടും മരിക്കാം എന്നുവെച്ചാൽ രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത് അജ്ഞനായ ഗൃഹസ്ഥന്റെ കർമാനുഷ്ഠാനത്തെക്കുറിച്ചൊന്നാണ് ഈശാവാസ്യം ഇതം സർവം ഇത് ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞു തേന തെക്തേന ഭഞ്ചീത ഇതും ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു മാധൃത കസ്യസിനം ഇരിച്ച ഇത് ഒന്നാമത്തെ മന്ത്രത്തിൽ ജ്ഞാനനിഷ്ഠയെക്കുറിച്ചും പറഞ്ഞു ജിജീവിഷ കർമ്മക്കുറവൻ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് സന്യാസിയെക്കുറിച്ചായിക്കൂടാ പറയുന്നതാകത്തല്ല എന്തുകൊണ്ട് അടുത്ത അടുത്ത് പറയുന്നു ഇന്ന ജീവിതേ മരണയവ ഘൃതി ഗൃഹസ്ഥനെ കുറിച്ചല്ല പറയുന്നത് സന്യാസിയെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ഇന്ന ജീവിതേ മരണയവ ഘൃതി കുറവീത ജീവിതത്തിലോ മരണത്തിലോ ഗൃതിം ആഗ്രഹം വയ്ക്കരുത് ആശ വയ്ക്കരുത് എന്നാണ് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനും മരണത്തിനും ആഗ്രഹമില്ല ഗാർഹസ്ഥ്യം ഉപേക്ഷിക്കുന്നതാണ് പിന്നെ എന്ത് അരണ്യത്തിലേക്ക് പോകണം വനത്തിലേക്ക് പോകണം എന്നർത്ഥം ഇതാണ് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പ്രായോഗികമായി അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുമുണ്ട് വനത്തിൽ പോകാൻ പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യമില്ല ആശ്രമം ഇയാതെന്ന് പറയണവനം ആശ്രമത്തിലേക്ക് പോകുന്നു വനത്തിലേക്ക് എങ്ങനെ പോകും പോവാൻ പറ്റത്തില്ല ഇതിച്ച പദം ഇതാണ് വേദത്തിന്റെ നിയമം അങ്ങനെയാണ് എന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വൈദികമായ മാർഗം ഇതാണ് എന്താണ് കർമ്മം ഉപേക്ഷിക്കുക ഗൃഹസ്ഥാശ്രം ഉപേക്ഷിക്കുക എന്നിട്ട് മോക്ഷം വേണമോ നേരെ വനത്തിലേക്ക് പോയിക്കോളൂ ആ സന്യാസത്തിലേക്ക് കിടക്കുക തഥ എന്ന പുനര്യാദ അവിടെ നിന്നും ഒരിക്കലും മടങ്ങി വരരുത് തഥഹ ഈ പോയ വഴിയിൽ നിന്നും ആ സന്യാസത്തിന്റെ മാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുനഹ വീണ്ടും നയ്യാ മടങ്ങി വരരുത് എന്നാണ് വീടുപേക്ഷിച്ച് ആശ്രമത്തിലേക്കോ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യയും മക്കളെയും ഒക്കെ ചിന്തിച്ച് വീണ്ടും മടങ്ങി വീട്ടിലേക്ക് വന്ന് ഗൃഹസ്ഥനാകരുത് എന്നാണ് ഇത് സന്യാസ ശാസന എന്ന് സന്യാസത്തെ വ്യക്തമായി ശാസന അവിടെ വിധിച്ചിരിക്കുന്നു ഉഭയോഹോ ഫലഭേദം ചരി രണ്ടിന്റെയും ഫലഭേദത്തെയും പറയുന്നു രണ്ടിന്റെയും ഫലം രണ്ടാണെന്ന് ഗാർഹസ്ഥ്യത്തിന്റെ ഫലം സംസാരം സന്യാസത്തിന്റെ ഫലം മോക്ഷം ഇതും പറയുന്നുണ്ട് എന്നാണ് അതിൻ്റെ അടുത്ത് വീണ്ടും പറയുന്നു ഇമൗ ദ്വാ പന്ധാനൗ രണ്ടു മാർഗമേ ഉള്ളൂ ഇവിടെ ദ്വാേവ പന്ധാനോ രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ അനുനിഷ്ക്രാന്തരോ ഭവത പരമ്പരയായി വന്നുകൊണ്ടിരിക്കുന്നത് അനുനിഷ്ക്രമിച്ചുകൊണ്ടിരിക്കുന്നത് തലമുറ തലമുറകളായി വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ക്രിയാപഥസ്ഥ പുരസ്ഥ ഒന്ന് ക്രിയാപഥം ഗാർഹസ്ഥ്യം സന്യാസസ്ഥ ഉത്തരേണ് ഉത്തരം രണ്ടാമതുള്ളത് സന്യാസം ആദ്യത്തേത് ഗാർഹസ്ഥ്യം ക്രിയാപഥം എന്ന് പറയുന്നത് കർമ്മമാർമ്മം ഗാർഹസ്ഥ്യം രണ്ടാമത് സന്യാസം നിവൃത്തി മാർഗേണ ഷണാത്രയത്യാഗ നിവൃത്തി മാർഗത്തിലൂടെ എന്ത് സംഭവിക്കുന്നു യേഷണാത്രയം അതിനെ ത്യരിക്കുന്നു തയോ സന്യാസപഥ അതിരേതയതി തയോഹോ ഈ രണ്ട് മാർഗങ്ങളുള്ളതിൽ സന്യാസപഥവ സന്യാസപഥം തന്നെയാണ് അതിരേതയുതി ശ്രേഷ്ഠമായിരിക്കുന്നത് ഉത്കൃഷ്ടമായിരിക്കുന്നത് എന്തുകൊണ്ടതാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് പറയുന്നു എന്താണ് ന്യാസ ഏവ സന്യാസം തന്നെയാണ് അത്യേജയ ശ്രേഷ്ഠമായിരിക്കുന്നത് ഇതിജ തൈത്തിരിയ തൈത്രിയ വേദഭാഗത്തും ഇക്കാര്യം പറയുന്നുണ്ട് സന്യാസമാണ് ശ്രേഷ്ഠം കാരണവത് മോക്ഷത്തിലേക്ക് നയിക്കുന്നു മഹാഭാരതത്തിനും പറയുന്ന പറയുന്നു ദ്വൌ ഇമൌ അധ പന്ധാനൌടെ ദ്വൗ പന്ധാനു രണ്ട് മാർഗമേ ഉണ്ട് ഒരു ജീവന് ഒരു മനുഷ്യന് എത്ര വേദാഹ പ്രതിഷ്ഠിതാഹ ഇതിനാണ് വേദം നിലനിൽക്കുന്നത് എന്താണ് പ്രവൃത്തി ലക്ഷണവും ധർമ്മവും പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മമാർഗം വീരഭാഷയത്തിന്റെ ആദ്യത്തിനും അനുരസമിത് ധരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് നിവർത്ത വിത രണ്ടാമത് നിവൃത്തമാർഗം സന്യാസമാർഗം ഇത് വിഭാവിത അവിടെ വിഭജിച്ച് പറയപ്പെട്ടിരിക്കുന്നു നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത്യാദി പുത്രായ വിചാര്യ നിശ്ചിത വ്യാസേന വേദാചാര്യേണ ഭഗവത വേദാചാര്യനായ വ്യാസഭഗവാൻ ഇക്കാര്യം മഹാഭാരതത്തിൽ ശാന്തിപർവ്വത്തിൽ പുത്രായ സ്വപുത്രനായ ശുഖബ്രഹ്മർഷിയോട് വിചാരിയ നല്ലവണ്ണം വിചാരം ചെയ്ത് നിശ്ചിതം നിശ്ചിതമായി ഉക്തം പറയപ്പെട്ടിരിക്കുന്നു ഇക്കാര്യം വ്യാസഭഗവാനും പറഞ്ഞിട്ടുണ്ട് എന്റെ പുത്രനോട് ഇവിടെ രണ്ടു വഴിയും എന്നാണ് വിഭാഗസ് അനയോഹോ ദർശയിഷ്യാമ അനയോഹോ ഈ രണ്ട് മാർഗങ്ങളുടെയും വിഭാഗം വ്യത്യാസം ഭേദം അത് ദർശയിഷ്യാമാണ് ഞാൻ വിശ്വദീകരിച്ച് ഇനി വരുന്ന ഭാഗങ്ങളിൽ അത് മനസ്സിലാക്കി തരാം എന്നാണ് അതായത് ശങ്കരാചാര്യർ ഭാഷയത്തിൽ ഈ പ്രധാനമായി രണ്ട് എന്നീതിനിടയ്ക്ക് വന്നിവിടെ ഒരു ഉപാസന കർമ്മം ഉപാസന ജ്ഞാനം ഇത് മൂന്നാണ് ഉപാസന എന്ന് പറയുന്ന വളരെ കൂടുതൽ എല്ലാ ഭാഷകളിലും ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ കർമ്മം കർമ്മങ്ങൾ തന്നെ രണ്ടു തരത്തിലുണ്ട് കേവല കർമ്മങ്ങൾ പിന്നെ കർമ്മസഹിതമായ ഉപാസന കേവല ഉപാസന ഇതിനിങ്ങനെ നാലായിട്ട് വിധിക്കും ഒന്ന് കേവലമായ കർമ്മങ്ങൾ ഇവിടെ പറയുന്ന അഗ്നിഹോത്രാദിനം പിന്നെ പറയുന്നത് ചില കർമ്മങ്ങളോടുകൂടി ഉപാസനകളുണ്ട് അതാണ് ബൃഹധാന്യപുരുഷത്തിന്റെ തുടക്കത്തിൽ ഒക്കെ നമ്മൾ അശ്വമേധത്തിലൂടെ ചേർന്ന് വരുന്ന ഉപാസന പറയുന്നത് പിന്നെ ആ ഉപാസനകൾ മാത്രം ചെയ്യുന്ന ഒരു രീതി അശ്വമേധം അനുഷ്ഠിക്കുന്നു വേറെ കർമ്മം ചെയ്യുന്നു ഉപാസന മാത്രം ചെയ്യുന്ന രീതി ഇങ്ങനെ രണ്ടു മൂന്ന് തരത്തിൽ കർമ്മത്തെ ഉപാസനയും ബന്ധപ്പെടുത്തി പറയും ഇതെല്ലാം വിട്ടിട്ട് പിന്നെ പറയുന്നു ജ്ഞാനം കർമ്മം അതായത് കേവലമായ കർമ്മം കർമ്മവും ഉപാസനയും കൂടെ സമുച്ഛയിക്കുന്നു അതൊന്ന് ശ്രദ്ധിക്കണം ആചാര്യസ്വാമികൾ കർമ്മ ഉപാസനാ സമുച്ചയത്തെ അംഗീകരിക്കുന്നുണ്ട് കർമ്മവും ജ്ഞാനവും തമ്മിൽ സംശയിക്കാൻ ഓരോ തരത്തിനും അനുവദിക്കത്തില്ല പക്ഷെ കർമ്മ ഉപാസനകൾ സംശയിക്കും കർമ്മം കേവലമായ കർമ്മം കേവലമായ ഉപാസന പിന്നെ കർമ്മ ഉപാസന സമുച്ചയം ഇതിനെയൊക്കെ ആചാര്യസ്വാമികൾ ഗൃഹസ്ഥന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് സന്യാസിക്ക് കേവലമായ ജ്ഞാനനിഷ്ഠ മാത്രം ഇതാണ് അന്ന് ശങ്കരാചാര്യർ ഭാഷ്യത്തിലൂടെ അവതരിപ്പിച്ച കാര്യം അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇതൊക്കെ പറയുന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സന്യാസ രീതിയൊന്നും അബദ്ധമാണ് എന്നും പറയരുത് എന്നും ധരിക്കരുത് അങ്ങനെ ഞാൻ പറഞ്ഞെന്നും ആരും ധരിച്ചറിയരുത് അത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് വന്ന പ്രണാമനുസരിച്ച് അത് അതിനൊക്കെ അതെല്ലാം പ്രാമാണികമാണ് അത് നമ്മൾ വേറെ അവസരത്തെ ചർച്ച ചെയ്യും നമ്മുടെ രണ്ടാമത്തെ മന്ത്രത്തിന്റെയും ഭാഷ്യടം കൊണ്ട് അവസാനിക്കുകയാണ് അടുത്ത മൂന്നാമത്തെ മന്ത്രത്തിന്റെ ഭാഷ്യം നമ്മളടുത്ത് ചർച്ച ചെയ്യുന്നത് ഓണാശേ നായ ഓ നമേമാ ओम शांति शांति शांति ओम श्री प्रभु जो